ദ്വന്ദ്വാതീത ദ്വന്ദ്വങ്ങൾ സുഖം ദുഃഖം ലാഭം നഷ്ടം സന്തോഷം സന്താപം ഇത്യാദി രണ്ടെന്ന ഭാവൻ വിപ ഇത് വിപരീതമാണ് ഇതിനെ അതീതനായിരിക്കണം എന്ന് പറയാ അതീതൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ എന്നാണ് ശ്രദ്ധിക്കേണ്ടതാ അല്ലാത്തവനോ അതുമായി സാമ്യപ്പെട്ടവൻ ദ്വന്ദ്വാതീതൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞവൻ ഇപ്പൊ സന്തോഷമാണെങ്കിൽ സന്തോഷമുണ്ട് എന്നറിഞ്ഞ് അതിൻ്റെ മുകളിൽ നിൽക്കുക സങ്കടമാണെങ്കിലോ ഇപ്പൊ സങ്കടമാണ് എന്നറിയുന്നവൻ മറ്റവൻ എന്താണെന്നറിയോ ഓ ഇതെന്ന് എന്നും എൻ്റെ ഗതി ഇതാണെന്ന് പറയും അവൻ അതീതനല്ല അതുകൊണ്ടാണ് ഇവർക്ക് കടന്നു പോവാൻ അതിലിങ്ങനെ പിടിച്ചു നിൽക്കും ഭഗവാൻ പറയുന്ന ഒരു ടെഫ്ലോൺ കോട്ടിംഗ് ആണ് റിയില്ലേ ഇല്ലേ നമ്മുടെ ഇപ്പൊ ചീനച്ചട്ടിയൊക്കെ അതാണല്ലോ എണ്ണ വരട്ടേണ്ട ആവശ്യമില്ല ടെപ്ലോൺ അല്ലേ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ ഒരാൾ നിർവചിച്ചത് അങ്ങനെയാണ് കാരണം ഒട്ടിപ്പിടിക്കില്ല പന്ത്രണ്ടൊക്കെ കഴിഞ്ഞു പോന്നാലോ ഒന്നും ഉണ്ടാവില്ല ക്ലീൻ ക്ലീനാണ് മറ്റേലൊക്കെ എന്തെങ്കിലുമൊക്കെ അവശേഷിക്കും വിമത്സര ത്സര്യം ഒഴിയ അതോ കാരണം കർമ്മഫലത്തിൽ നമുക്ക് മത്സരം ഉണ്ടാവും നമുക്ക് നമ്മളോടുണ്ടാവും അതുപോലെ ചുറ്റുപാടിനോടും ഉണ്ടാവും വിമത്സര മത്സരം മാത്സര്യം ഒഴിഞ്ഞിട്ടുള്ള ഭാവം സിദ്ധൗ സിദ്ധിയിൽ കിട്ടിയിട്ടുള്ളതിൽ സിദ്ധവും അസിദ്ധവും കിട്ടാത്തതിൽ സമ തുല്യത ഒന്നിന്റെ സാന്നിധ്യം ഒന്നിന്റെ അസാന്നിധ്യം തന്നിൽ ഇളക്കമില്ലായികണം ഇത് തന്നെ ഒന്ന് ഉണ്ടായിരിക്കെ ഒന്നും ഇല്ലാതിരിക്കെ തനിക്ക് യാതൊരു വിഷമവും ഇല്ല അപ്പൊ നിങ്ങൾ ഈ അഭിനയം കുറച്ച് നിർത്തണം മകൻ ഇപ്പൊ അമേരിക്കയിലാണെന്നുള്ള സ്വാമി എന്റെ വിഷമം എന്നാൽ ശരി അവൻ സ്ഥിരം ഇവിടെ ഇരുന്നാലോ അയ്യോ ഇവൻ എവിടെ ഒരു ജോലി ഇല്ലല്ലോ എന്നതാ എന്റെ വിഷം ഈ അഭിനയം നിർത്തണം അവൻ അവിടെ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം അവൻ നല്ലൊരു നിലയില്ല അതേസമയം അവന്റെ സാന്നിധ്യം എനിക്ക് എപ്പോഴും ഇല്ല എന്നുള്ളത് പറ്റില്ലല്ലോ അത് അതുകൊണ്ട് ഈ യാന്ത്രികമായി നാം ഉണ്ടാക്കുന്ന ഓരോ ദുഃഖങ്ങളുണ്ടല്ലോ അതൊക്കെ ഇതൊക്കെ പൊയ്മുഖങ്ങളാണ് കള്ളത്തരങ്ങളാണ് അതൊക്കെ അഴിച്ചു വയ്ക്കാനാണ് പറയുന്നത് അപ്പൊ കിട്ടിയതിലുള്ളതിലും സിദ്ധിയിലും അസിദ്ധിയിലും ഉള്ളതിലും ഇല്ലായ്മയിലും സമ തുല്യഭാവം ഉള്ളവനായിട്ട് കൃത്വ അപി അങ്ങനെയുള്ളവൻ ചെയ്താലും ചെയ്യുന്നുവെങ്കിലും ന നിബദ്ധ്യത ബന്ധിക്കപ്പെടുന്നില്ല അപ്പൊ കർമ്മം ബന്ധിക്കുന്നത് ആരെയാണ് ഇതാ ഇങ്ങനെയൊക്കെ ഇല്ലാത്തവരെയാണ് ഇപ്രകാരത്തിൽ ഒരുവൻ കർമ്മം ചെയ്യുന്നുവെങ്കിലോ അവനെ യാതൊരു തരത്തിലും കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല അവൻ കിട്ടിയതിൽ സന്തോഷവാനാണ് എന്ത് കിട്ടിയാലും അവൻ സന്തോഷവാനാണ് എതിർച്ച ലാഭ സന്തുഷ്ട എന്ന് പറയാം കേട്ടിട്ടില്ലേ നിങ്ങൾ ആ മഴു വെള്ളത്തിൽ വീണ കഥ ഇല്ലേ ഇല്ല ഒരു പാവ മര മരമിട്ടുകാരൻ നദീതീരത്തു നിന്ന് മരംമെട്ടുമ്പം മഴ വെള്ളത്തിൽ വീഴും ഭഗവാനോട് പ്രാർത്ഥിക്കും ഭഗവാൻ മഴു എടുത്തു കൊടുത്തിട്ട് ചോദിക്കും ആദ്യ ഒരു സ്വർണ്ണമഴുവോ വെള്ളിമഴു എടുക്കും തോന്നും അതെ വെള്ളിമഴു നിന്റെ മഴു അപ്പ അവൻ പറയും സത്യസന്ധനായതുകൊണ്ടല്ല വീണ്ടും ഭഗവാൻ സ്വർണ്ണമഴു കൊണ്ടുവന്നു എന്താണോ ചോദിച്ചു എല്ലാവരും വീണ്ടും എന്താ മൂന്ന് മഴവും കൂടെ അല്ല ഇരുമ്പ് മഴ അവൻ്റെ ഒറിജിനൽ മഴ കൊടുത്തു അപ്പോൾ പറഞ്ഞു അതാണെന്ന് അപ്പോൾ ഭഗവാന്റെ സന്തോഷമായി മൂന്ന് മഴ കൊടുത്തു എന്ന കഥ അയാൾ വലിയ ധനികനായി മഴു കിട്ടിയതോടുകൂടി പിന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരാഗ്രഹം പ്രകടിപ്പിച്ചു നമുക്ക് ഭഗവാന്റെ നാട്ടിലൊന്ന് പോകണം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ടൂറിസത്തിൻ്റെ കേരള ടൂറിസത്തിൻ്റെ ഒരു ബ്രോഷർ ഉണ്ട് ഗോഡ്സ് ഓൺ കൺട്രി അപ്പം അവിടുത്തെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു വലിയ ഒരുപാട് ആനയുടെ പടങ്ങളൊക്കെ കൊടുത്ത് അപ്പൊ ഭാര്യ പറഞ്ഞു എന്തായാലും നമുക്ക് അവിടെ നിന്ന് പോവാം അങ്ങനെയാണ് ഒരു തൃശ്ശൂർക്ക് വന്നു പൂര പറമ്പിൽ പൂരം ഗംഭീരമായിട്ട് കുടമാറ്റം അത് ഇതൊക്കെ നടക്കുന്നു പെട്ടെന്ന് ആന ശബ്ദമുണ്ടാക്കിയപ്പോ ഭാര്യ പറഞ്ഞു ആനയോട് ഇരുന്നു ആൾക്കൂട്ടത്തില് ആളുകൾ ഒക്കെ ചിന്ന ഭിന്നമായപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയെ നഷ്ടപ്പെട്ടിരുന്ന അതേ ആളിൻ്റെ ചുവട്ടിൽ വടക്കുന്നാഥന്റെ മുമ്പ് പോയിരുന്നു ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ രക്ഷിക്കണേ എൻ്റെ ഭാര്യയെ കാണാൻ ഉടനെ ഭഗവാൻ ഈ ഭക്തന്റെ പ്രാർത്ഥന കേട്ടു ഉർവശിയും ആയിട്ടാ വന്നവർ ചോദിച്ചു ഭക്ത ഇതാണോന്ന് അവൻ പറഞ്ഞു അതേ ഭഗവാൻ ഒട്ടന്നെ കിണ്ടിയും എടുത്തു നശിക്കാൻ അപ്പോഴാണ് അവൻ പറഞ്ഞത് ഞാൻ ഗീതയൊക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ കിട്ടിയതിൽ സന്തോഷനാണ് കാരണം അത് കാരണം എന്താണ് അവൻ പറഞ്ഞു കാരണം ഞാൻ ഇതല്ല എന്ന് പറഞ്ഞാൽ അങ്ങ് യെ കൊണ്ടു പിന്നെ മൂന്നാമത് എന്റെ ഭാര്യയെ കൊണ്ടു എന്നിട്ട് മൂന്ന് പേരെയും കൂടെ വെച്ചോളാൻ പറഞ്ഞു ഒരാളെ തന്നെ ഓർമ്മിക്കുന്നത് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇപ്പം എതിർച്ച ലാഭസത്തോ എന്ത് കിട്ടിയാലും ഞാൻ അതിൽ സന്തോഷമായി ഏത് കാര്യത്തിലും കാറും ഇതുപോലെ എന്താ പറയുക തിരക്കുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഒരുപോലെ ഉണ്ട് കാറ് ചാവി ഇട്ട് തുറന്ന സമയത്ത് തുറന്നു വണ്ടി അങ്ങോട്ട് തുറന്നു പോയി മഴ പിറകിൽ കുട്ടികളെ ഇരുത്തിയിട്ടായി വരും മാർക്കറ്റിലേക്ക് പോയത് നോക്കുമ്പോ നല്ല രണ്ട് കുട്ടികൾ അപ്പൊ ഇവരുടെ കുട്ടികളല്ല അപ്പൊ ഈ അമ്മ പറഞ്ഞു നല്ല കുട്ടികളാണ് മതി പോവാ നമുക്ക് എതിർച്ച ലാഭസന്തുഷ്ട എങ്ങനെ കിട്ടിയ എന്ന് പറഞ്ഞാൽ യാദർശികമായിട്ട് വല്ലവന്റിയും വല്ല മുതലുമൊക്കെ കിട്ടിയ അതില് സന്തോഷം കാണണം എന്നല്ല അങ്ങനെ ധരിച്ചേക്കരുത് അങ്ങനെയുണ്ട് വല്ലവന്റിയുമൊക്കെ നമ്മുടെ കൈവശത്ത് വരുമ്പം അതില് നമ്മൾ വളരെ സന്തോഷം നമുക്ക് കിട്ടിയതില് ഈ പറഞ്ഞ കാര്യത്തില് ഞാൻ എന്റെ അമ്മയില് ഞാൻ എന്റെ അച്ഛനില് ഞാൻ എന്റെ സഹോദരങ്ങളില് ഒക്കെ ഞാൻ സന്തോഷവാനാണോ അതുകൊണ്ട് വെയി മാനേജ്മെൻറ്റിൽ അവർ പറയും പീപ്പിൾ ആർ ഓക്കെ എന്നാണ് അവരുടെ ഒന്നാമത്തെ അടിസ്ഥാന പ്രമാണം എല്ലാവരും ശരിയാണ് അതേസമയം പറയുന്നു People are ഡിഫറൻറ്റ് വ്യത്യസ്തരാണ് പീപ്പിൾ ആർ തിങ്കിങ് ചിന്തിക്കുന്നവരാണ് ഇതാണ് നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടത് നമ്മുടേതങ്ങനെയല്ല ഓ ഞാൻ ശരി അവൻ ശരിയല്ല ഒന്നും പിന്നെയോ ഞാനും ശരിയല്ല അവനും ശരിയല്ല അവനും ശരിയാണ് ഞാനും ശരിയാണ് പക്ഷെ എന്താണ് നമ്മൾ വ്യത്യസ്തരാണ് പറയുക ഡിഫറന്റാണ് അതുകൊണ്ട് ആശയങ്ങളിലൊക്കെ ഈ പ്ര എന്താ പറയാ ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എതിർച്ചയാ ലാഭ സന്തുഷ്ട ദ്വന്ദ്വാതീത ഈ ദ്വന്ദ്വങ്ങളിൽ നിന്ന് അതീതനായിട്ട് വിമത്സര മാത്സര്യം ഒഴിഞ്ഞവനായിട്ട് സിദ്ധൗ അസിദ്ധൗ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും സമഹ അറിയുന്നവനായി അവനും ചെയ്യുന്നതിൽ ഒന്നും തന്നെ അവന് ന നിബ്യത ബന്ധിക്കുന്നില്ല തുടർന്നു ഗതസംഗ ജ്ഞാനാവസ്ഥേതഖായ കർമ്മ സമഗ്രം ഗതസംഗ ജ്ഞാനാവസ്ഥിത ചേതസഹ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ ഭഗവാൻ വീണ്ടും കർമ്മത്തിൽ യജ്ഞത്തെ അവതരിപ്പിക്കുന്നു എന്ന് പറയാം ഗതസംഘസ്യ സംഘം ഗതമായിട്ടുള്ള കാമന ഒഴിഞ്ഞിട്ടുള്ള മുക്തസ്യ കർത്തൃത്വാഭിമാനം വിട്ട ആ മുക്തന് യോഗിക്ക് ജ്ഞാനാവസ്ഥിതചേതസഹ അറിവിലുറച്ച മനസ്സോടുകൂടിയിട്ടുള്ള അവൻ യജ്ഞമായ ലോകസേവനത്തിനായിക്കൊണ്ട് താൻ എന്ത് ചെയ്യുന്നതും എന്താണ് ലോകത്തിൻ്റെ ലോകസേവനത്തിന് ലോകസേവനം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ചുറ്റുപാടിൽ നിന്നും വിട്ടിട്ടല്ല നമുക്കൊക്കെ ഈ ശബ്ദം കേൾക്കുമ്പോഴേ നമ്മുടെ ഡിക്ഷണറിയിൽ ഇതിനൊക്കെ അർത്ഥം വേറിയാം ലോകസേവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം എന്താണെന്നറിയാം ചെടിവയ്ക്കൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എടോ ലോകസേവനം എന്ന് പറഞ്ഞാൽ നീ നിന്റെ അമ്മയ്ക്ക് പോലും ഉപകാരം ചെയ്യുന്നത് ലോകസേവനമാണ് നീ നിന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കുന്നത് ലോകസേവനമാണ് കാരണം അവര് സന്തോഷമായി ഇരുന്നാലേ ലോകം സന്തോഷമായി ഇരിക്കുള്ളൂ അതുകൊണ്ട് ലോകസേവനം എന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്കൊന്നുമല്ലാതെ വല്ലവർക്കും ചെയ്യുന്ന കാര്യം എന്നല്ല തന്റെ ചെയ്തികളെല്ലാം മറ്റുള്ളവർക്ക് മറ്റുള്ളതിന് അനുഗ്രഹമാകുന്ന വിധത്തിൽ താൻ ചെയ്യുന്നത് അതിനെയാണ് യജ്ഞം എന്ന് പറയാം കാരണം നിന്നെ ഉണ്ടാക്കിയിരിക്കുന്നതേ നിന്റെ കൈ പൊങ്ങണമെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉള്ളിൽ നടക്കണം അതിന്റെ ഭാഗമായിട്ടാണ് അത് പൊങ്ങുന്നത് അല്ലാതെ എല്ലാവർക്കും പൊങ്ങുന്നില്ലല്ലോ അല്ലേ ചിലപ്പോഴൊക്കെ തളർന്നു പോകുന്നില്ലേ അപ്പൊ അതിന് പല പലരുടെയും യജ്ഞം ആവശ്യമാണ് അങ്ങനെ ജ്ഞാനാവസ്ഥിത ചേതസനായിട്ടുള്ള അവൻ യജ്ഞായ ആചരത കർമ്മ ലോക സംഗ്രഹാർത്ഥം ലോകസേവനത്തിനായിക്കൊണ്ട് കർമാനുഷ്ഠാനം ചെയ്യുന്നവന് കർമ്മ കർമ്മം സമഗ്രം പ്രവിലീയത ഒന്നൊഴിയാതെ അവന്റെ എല്ലാ കർമ്മങ്ങളും സന്താനോത്പാദനം മുതൽ അതുകൊണ്ടാണ് വ്യാസൻ അതിൽ സംഘമില്ലാതിരുന്നത് വ്യാസർക്ക് പുത്രനോട് സംഘം ആരോടും ഉണ്ടായിട്ടില്ല സംഘം കാരണം ലോകസംഗ്രഹത്തിനായിക്കൊണ്ട ഞാൻ പുത്രനെ ജനിപ്പിച്ചതേ ലോക സംഗ്രഹത്തിനായിട്ടാണ് അല്ലാതെ അവനെ ഞാൻ പകരം ചോദിക്കാനായിട്ടല്ല എല്ലാ കർമ്മത്തിലും ഇതാണുള്ളത് ലോക സംഗ്രഹം ലോകത്തിന്റെ എന്താ പറയുക നമ്മുടെ ഈ ഈ ഒരു തലത്തിൽ നിന്ന് വേണം നമ്മൾ നമ്മുടെ പൂർവികന്മാര് എന്താ പറയുക സന്ത എന്താ ഈ സന്താനങ്ങളെ ഉത്പാദിപ്പിച്ചത് എങ്ങനെയായിരുന്നു അവരങ്ങനെയാണ് ലോകത്തിന്റെ കല്യാണത്തിനായിക്കൊണ്ട് അപ്പൊ ലോക കല്യാണത്തിനായിക്കൊണ്ടാണ് ശിശു ജാതമാകുന്നത് അവൻ അല്ലെങ്കിൽ അവൻ അപ്പൊ അത്തരത്തിലാണ് അവരതിനെ അങ്ങ അത്തരത്തിലുള്ള വികാര അല്ലാതെ ഇവനെ ഡോക്ടറാക്കണമെന്നോ എഞ്ചിനീയറാക്കണമെന്നോ ഉള്ള അങ്ങനത്തെ സംഘർഷങ്ങളൊന്നുമില്ല ഇന്ന് ആർക്കാണ് അങ്ങനെയുള്ള സങ്കല്പമുള്ളത് നമ്മുടെ ഒരു ചോദ്യമാണ് നമ്മൾ കുറ്റം പറയുന്നില്ലേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ നമ്മൾ ഒന്നൊഴിയാതെ പറയുന്നില്ല ഇവ ഇവിടുത്തെ ഭരണ ശരിയല്ല എന്ന് നമ്മൾ പറയുന്നു ഭരണരംഗം ആടെ അഴിമതി അക്രമം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ഇവിടുത്തെ പോലീസ് സംവിധാനം ഭരണവുമായിട്ട് ബന്ധപ്പെട്ടതാ ബാക്കിയെല്ലാം അതിപ്പോ വിദ്യാഭ്യാസ രംഗമായാലും കാർഷിക രംഗമായാലും ഏത് വ്യവസായ രംഗത്തെല്ലാം നമ്മൾ ചുതി കാണുന്നു എന്നാൽ ശരി എൻ്റെ കുട്ടി എൻ്റെ ഉദരത്തിലിരിക്കുന്നു ഇപ്പോൾ ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ ഇവള് അല്ലെങ്കിൽ ഇവൻ ഇതിലേതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ പോന്നവനാകട്ടെ പോന്നവളാകട്ടെ എന്ന സങ്കൽപ്പം ഗർഭം ധരിച്ച് ഏതെങ്കിലും ഒരു മാതാവിന് ഏതെങ്കിലും അതിന് ജന്മം കൊടുക്കാൻ കാരണമായി വർത്തിച്ച പിതാവിനുണ്ടോ എടോ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ഇതിനെ വിമർശിക്കാനുള്ള അധികാരമുള്ളൂ ഇത് വയറ് കാണാൻ പോവുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് പോകുമ്പം തന്നെ അവിടെ പോയിട്ട് പറയുന്നത് എന്താണെന്ന് പറയാം എൻ്റെ മോളെ പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ പറയാം എന്താ ഇപ്പോൾ സ്കൂളിലൊക്കെ ഫീസ് ഡൊണേഷൻ നീ ഏത് സ്കൂളിൽ അഡ്മിഷൻ ചോദിച്ചിരിക്കുന്നത് ഒരു മാസം രണ്ടു മാസമായിട്ടേ ഉള്ളൂ അല്ലെ അതെ തമാശ തമാശയായിട്ട് നമുക്ക് തോന്നാം പക്ഷെ നമ്മുടെയൊക്കെ ചിന്തകൾ എന്താ ഇത്തരത്തിലല്ലേ പിന്നെ ആൺകുട്ടിയാണോ നിനക്ക് ഏതാ ഇഷ്ടം ചോദിക്കുകയാണ് അവരോട് ആ പെണ്ണിനോട് ചോദിക്കുക അപ്പൊ ആദ്യത്തതാണോ എനിക്കെന്തായാലും കുഴപ്പമില്ല എന്തായാലും പശുക്കുട്ടിയാവില്ല എന്ന് ഉറപ്പാണ് അമ്മയുടെ അവരുടെ പെണ്ണിന്റെ വീട്ടുകാർ നേർന്നിരിക്കുന്നു ആൺകുട്ടിയാണെങ്കിൽ ഗുരുവായൂർ കൊണ്ട് ഊണ് കൊടുക്കും പെൺകുട്ടിയാണെങ്കിൽ തിരുപ്പതി കൊണ്ടുപോയി മൊട്ടയടിക്കും ഇതിലപ്പുറത്ത് സ്വാമി കുറച്ചൊന്നിതായിട്ട് ചോദിക്കട്ടെ എവിടെയെങ്കിലും കൊണ്ടോയി ഊണ് കൊടുക്കുന്നോ എവിടെയെങ്കിലും കൊണ്ടോയി മൊട്ടയടിക്കും എന്നോ അല്ലാതെ ഈ ലോകത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പോന്നവൻ പോന്നവൾ ആകട്ടെ ഇവൻ എന്ന ഒരു അനുഗ്രഹ വചനം അറ്റ്ലീസ്റ്റ് ഒരു തോട്ട് നമ്മുടെ മണ്ടയ്ക്കകത്തുണ്ടാവുന്നുണ്ടോ എന്നിട്ട് പിന്നെ എന്തിനാണ് നമ്മൾ ഇതിനെ വിമർശിക്കുന്നത് അത്തരത്തിലുള്ള സങ്കല്പത്തോടുകൂടിയ ശിശുക്കൾ ഇവിടെ ജാതമാകട്ടെ അതാണ് ആവശ്യം ഇതൊന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ വിമർശിക്കുക അപ്പ ആ ഒരു ത്യാഗത്തിൽ നിന്ന് സന്താനം പോലും ലോകത്തിൻ്റെ കല്യാണത്തിനായിട്ടാണ് ഉണ്ടാകുന്നത് ഏതെടുത്തിങ്ങനെ താരാട്ട് പാടുമ്പോൾ തന്നെ ആരാരോ ഇവൻ ഏത് പോക്കിരിയാണോ എന്താ പറയാ ഇവൻ എന്തായി തീരും ഭഗവാനെ കളൻ പിന്നെ അവൻ എൽ കെ ജിയിൽ അവനൊരു പ്രസന്ന എന്താ പ്രസന്ന അവൻ പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ ഫോട്ടോ വലുതായി ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീരപ്പൻ കപ്പടാ അവൻ ചെറുപ്പത്തിൽ തന്നെ താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് വലുതായിട്ടായിട്ടില്ലെങ്കിൽ അത്ഭുതം അപ്പൊ യജ്ഞായ ആചരത കർമ്മ എന്ന് പറയുമ്പോ ലോക സംഗ്രഹം എന്ന് പറയുമ്പോ അതൊരു വലിയൊരു സംഭവമാണത് അപ്പൊ ലോക സംഗ്രഹത്തിനായിട്ട് തന്റെ ചെയ്തികൾ തന്റെ കരചരണങ്ങളെ തന്നെ തന്നെ സമർപ്പിക്കുക കാരണം താൻ തന്നെ പറഞ്ഞല്ലോ നേരത്തെ യജ്ഞത്തിൽ നിന്ന് ജാതമായതാണ് എന്ന് യജ്ഞഭാവത്തോടുകൂടിയാണ് എന്നെ നിർമ്മിച്ചത് എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ യജ്ഞത്തിലല്ലേ നിലകൊള്ളുന്നത് പിന്നെ ഞാൻ എനിക്ക് ഉണരാതിരിക്കാൻ പറ്റില്ല കാരണം ലോകം ഉണർന്നു കഴിഞ്ഞു സൂര്യൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ഉറങ്ങും സൂര്യനെ പ്രവർത്തിച്ചു തുടങ്ങി അയ്യോ ഇനി ഞാൻ ഉറങ്ങിയാൽ ശരിയാവില്ല അപ്പൊ ഞാൻ താദാത്മ്യപ്പെടുന്ന സമയത്ത് എനിക്ക് അധികം ഉറങ്ങാൻ പറ്റില്ല ചിന്മയൻ സ്വാമികൾ ഹിമാലയത്തിന് താഴേക്ക് പോരുന്നതിന് മുമ്പായിട്ട് ഗംഗയുടെ തീരത്ത് പോയിരുന്നുണ്ട് ഗംഗ സ്വാമിജിയോട് സംസാരിച്ചു എന്നാ ഹേ ചിന്മയ നീ എന്നെ നോക്ക് ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണോ നീ എന്നെ നോക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്വാമിജി ഒന്ന് നോക്കി അതങ്ങ് ഹരിദ്വാർന്ന് കഴിഞ്ഞ് സമുദ്രത്തിൽ വരെ എത്തി ആ നോട്ടം ഞാനിതാ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പോകുന്ന പോക്കിൽ എനിക്ക് തടസ്സങ്ങളുണ്ട് എങ്ങനെയുള്ള തടസ്സങ്ങൾ വലിയ തടസ്സങ്ങളുണ്ട് വലിയ തടസ്സങ്ങളൊക്കെ ഞാൻ ഒന്ന് മാറിയൊഴുകും കുറച്ച് ചെറിയ തടസ്സങ്ങളൊക്കെ ഞാൻ അതിനെ കവച്ചു വയ്ക്കും ചോട്ട മോട്ട ഞാൻ അടിച്ച് എൻ്റെ കൂടെ കൊണ്ടുപോകും പക്ഷേ എന്നാലും ഞാൻ ഒഴുകുന്നു ഞാൻ കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഞാൻ കെട്ടിക്കിടന്നാൽ ഞാൻ മാലിന്യമാർന്നതാവും അതുകൊണ്ട് ഞാൻ ഒഴുകുന്നു എന്തിന് ലോക എനിക്കെല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നു സ്വാമിജി ഗംഗയിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠാണ് അതുകൊണ്ട് ഞാനിതാ ആ ജ്ഞാന ഗംഗ നുകർന്ന് സ്വാമിജി താഴേക്ക് വരികയാണ് അപ്പൊ നടക്കുന്ന നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടാവും വലുതുണ്ടാവും ചെറുതുണ്ടാവും തീരെ ചെറുതുണ്ടാവും ഹനുമാൻ ഇതൊക്കെ കാണിച്ചു തന്നിട്ടില്ലേ വലുത് വന്നു നിന്നപ്പോൾ ഹനുമാൻ ഒന്ന് വലുതായി നോക്കി അപ്പൊ അത് അതിലും വലുതായി പിന്നെ അത് അതിലും വലുതായി പിന്നെ എന്ത് ചെയ്ത് ഒറ്റ ചെറുതാവല്ലോ പിന്നെ കടന്ന് അതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന സലാം പറഞ്ഞു അല്ലേ വിശ്രമരൂപത്തിൽ ഹനുമാനോട് പറഞ്ഞു ഇരുന്ന് വിശ്രമിച്ച് കാപ്പിയൊക്കെ കുടിച്ചു പോവാ തന്നിൽ നിന്ന് തന്നെ ചായ തന്റെ തടസ്സമായി നിലകൊണ്ടു എന്ന് പറയാം അതിനെയൊക്കെ അതിജീവിച്ചു അപ്പം പറഞ്ഞു വരുന്നത് ലോകത്തിന്റെ കല്യാണത്തെ നമ്മുടെ കർമ്മത്തിൻ്റെ പരിശുദ്ധി അതിൻ്റെ പൂർണ്ണത സമഗ്രം പൂർണ്ണത സമഗ്രം എന്ന് പറഞ്ഞാൽ ഒന്നൊഴിയാതെ പ്രവിധീയത എല്ലാം ഭസ്മീകൃതമാകുന്നു അടുത്തത് ഗംഭീര ശ്ലോകം ഗംഭീര ശ്ലോകം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹി അതിഗംഭീരം ആരാണോ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ണുന്നത് അവനാണ് മനുഷ്യന്മാരിൽ ബുദ്ധിമാൻ ആ ഒരു കാഴ്ചയിൽ അവൻ കർമ്മത്തിൻ്റെ രഹസ്യം അറിഞ്ഞവനാണ് അങ്ങനെയുള്ള അവനിൽ കർമ്മബന്ധങ്ങളൊന്നും ഏൽക്കുന്നില്ല എന്ന് പറയാം അപ്പൊ സമഷ്ടിയില് കാണുന്ന എല്ലാ ചലനങ്ങളും ആ ചലനങ്ങൾക്ക് മുഴുവൻ ചലിക്കാത്ത ഒരു ആധാരം അതുപോലെ തന്നെ വ്യഷ്ടിയില് എന്നിലും അതും കൂടെ കണ്ടേക്കണം എന്ന് പറയാം എന്നിലും ഒരുപാട് ചലനങ്ങളുണ്ട് ഞാൻ പലതും ചെയ്യുന്നുണ്ട് എന്നാലോ ഈ ചലനങ്ങൾക്കൊക്കെ അധിഷ്ഠാനമായ ഒരു നിശ്ചലമായ ബോധ വസ്തുവുണ്ട് എന്ന് പറയാം അപ്പൊ നമ്മുടെ ചെയ്തികളിലൊക്കെ ഈ ചെയ്തികൾക്ക് മുഴുവൻ നിദാനമായ സത് വസ്തുവിനെ കണ്ടുകഴിഞ്ഞാലോ ചെയ്തതിൽ അഹങ്കാരം ഉണ്ടാവില്ല എല്ലാ ചലനങ്ങളിലും ഇതാണ് ഇതിനെ പ്രപഞ്ചത്തിലെ കർമ്മമായിട്ടും സ്വകർമ്മമായിട്ടും മനസ്സിലാക്കട്ടെ ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാനൊരു അവസരം എന്ന് പറയാം തുടർന്ന് ഭഗവാൻ മുഴുവൻ കർമ്മത്തെയും കർമ്മത്തിൻ്റെ എന്താ കർമ്മത്തെ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് നാലാം അധ്യായത്തിലെ ഈ ഇരുപത്തിനാലാമത്തെ ശ്ലോകം വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് നോക്കാം ർപ്പണം ബ്രഹ്മി ബ്രഹ്മാനൗ ബ്രഹ്മണാഹുതം ബ്രഹ്മ ഗാന്ധ്യം ബ്രഹ്മകർമ്മ സമാധിന ഇവിടുന്ന് മുതൽ അങ്ങോട്ട് ഭഗവാൻ യജ്ഞ പ്രകരണം ആരംഭിക്കുക കർമ്മത്തെ യജ്ഞമാക്ക എല്ലാ കർമ്മങ്ങളെയും നിങ്ങൾ ഇനി മുൻപിലേക്കുള്ള ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ അത്ഭുതപ്പെടുന്നു പറയാം എല്ലാ ഒന്നഴിയാത്ത എല്ലാ കർമ്മങ്ങളെയും യജ്ഞമാക്കുന്നത് എങ്ങനെയാണ് അപ്പൊ യജ്ഞം ഭഗവത്ഗീതയ്ക്ക് മുൻപ് ഏതെങ്കിലും ഒരു ഹോമകുണ്ടത്തിൽ ഹവിസർപ്പിക്കുന്ന ഒരു ഏർപ്പാട് യജ്ഞം തന്നെയാണ് അതുപോലെ ഇവിടെ വേറെ കുറെ യജ്ഞങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിലാദ്യമായിട്ട് പറയണോ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന അർപ്പണം ബ്രഹ്മ ബ്രഹ്മാർപ്പണം അർപ്പണം എന്ന് പറഞ്ഞ അർപ്പ്യതേ ഇതി അർപ്പണം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക സമർപ്പണത്തില് ഞാനില്ല എന്ന് പറയാം ഞാൻ സമർപ്പിച്ചു എന്ന് പറയുമ്പം പറയുന്നത് തെറ്റാണത് ഞാൻ സമർപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല സമർപ്പിക്കലേ ഉള്ളൂ ഞാനുള്ളിടത്തോളം ഉള്ളിടത്തോളം കാലം സമർപ്പണം നടക്കില്ല എന്ന് പറയാ അതുകൊണ്ടാണ് ഇതമ്മ മമാ എന്ന് പറയുന്നത് എന്റേതല്ല എന്ന് പറയുന്നത് സമർപ്പണത്തില് അർപ്പണം ബ്രഹ്മ ഒരു ഹോമം ചെയ്യുക ഹോമക്രിയയായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ തന്നെ അതില് ആ ക്രിയയില് എന്താണ് അത് അർപ്പിക്കുന്നത് എവിടെയാണ് അത് അർപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ത്തിലാണ് അതായത് എൻ്റെ അർപ്പണം എന്നത് തന്നെ ബ്രഹ്മം ഇവിടെ ഭഗവാൻ എന്താണ് ഈ ഹോമത്തിൻ്റെ അഞ്ച് ഘടകങ്ങളെ അവതരിപ്പിക്കുകയാണ് ഹോമത്തിൽ അഞ്ച് ഘടകങ്ങളുണ്ട് ഈ അഞ്ച് ഘടകങ്ങളും വേറെ വേറെയാണ് ഹോമത്തിൽ ഭഗവാൻ ഇവിടെ ഒന്നായിട്ട് അതിനെ അവതരിപ്പിക്കുന്നു ഹോമത്തിലെ വൈവിധ്യമാർന്ന അഞ്ചു ഘടകങ്ങളെ ഭഗവാൻ ഒരു നൂലുകൊണ്ട് ബ്രഹ്മമാകുന്ന നൂലുകൊണ്ട് ഒന്നാക്കുന്നു എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം അർപ്പണം എന്നത് ബ്രഹ്മ ബ്രഹ്മാർപ്പണം അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം ബ്രഹ്മപൂജ ഇതെല്ലാം ബ്രഹ്മാർപ്പണം പറയുന്നു ഹവി ബ്രഹ്മ ഹവി ഹോമത്തിന്റെ സാധനം എന്തൊക്കെയാണോ ഹോമത്തിലേക്ക് അർപ്പിക്കുന്നത് ആ ഹവിസ് ഹവിസിനെ ഇവിടെ പറയണം എന്താണ് ഹവിസ് എന്ന് പറഞ്ഞാൽ ഹോമദ്രവ്യന്ന ഹൂയത ഇത് ഹവിസ് നോമിക്കുന്നത് ഇപ്പം ആദ്യം നെയ് ഹവിസാണ് അതുപോലെ എള് അങ്ങനെ പലതും ഉണ്ട് ഹവിസായിട്ട് അതെന്താണ് ഹവി ബ്രഹ്മ അതും ബ്രഹ്മമാണ് ബ്രഹ്മാഗ്നൗ അഗ്നി ഏതാണ് ബ്രഹ്മമാണ് ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മണ ബ്രഹ്മമാകുന്ന ഹോതാവിനാൽ കർത്താവിനാൽ ആരാണ് ആ ഹോമം ചെയ്യുന്നത് അവനെ ബ്രഹ്മണ ആ ബ്രഹ്മമാകുന്ന കർത്താവിനാൽ ഹുതം ഹുതം എന്ന് പറഞ്ഞാൽ ഹോമിക്കുന്നു അവന ക്രിയയാണ് ഹുതം എന്ന് പറയാ ഹോമിക്കുന്നു എന്നിട്ടോ ബ്രഹ്മകർമ്മ സമാധിന കുന്ന സമാധിയിൽ മനസ്സിനെ ഉറപ്പിച്ച് തേന അതിലൂടെ എന്തുണ്ടാവുന്നു ഗന്ധവ്യം ബ്രഹ്മ പ്രാപിക്കുന്നതും ബ്രഹ്മം ഇപ്പൊ ലക്ഷ്യവും മാർഗവും സാധകനും സാധ്യവും സാധനവും എല്ലാം ബ്രഹ്മം അതാണ് സദാശിവ ബ്രഹ്മേന്ദ്രൻ സർവം ബ്രഹ്മമയം ഒരു സർവം ബ്രഹ്മമയം എന്ന് പാടിയത് അപ്പൊ എന്തൊക്കെയാണ് ഒരു എന്താ ഹോമത്തിലെ ഘടകങ്ങൾ അഞ്ചെണ്ണം എന്തൊക്കെയാണ് ഒന്ന് ഹോമിക്കുന്നവൻ അതായത് കർത്താവ് എന്ന് പറയാം ആരാണോ ഹോമിക്കുന്നവൻ ആ ഹോമിക്കുന്നവനെ ഇവിടെ ബ്രഹ്മമായിട്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് ഹോമ ഹോമം എന്ന ക്രിയ അതെന്താണ് ഹോമം എന്നുള്ള ക്രിയാ അതെ ആ കർമ്മം ആ ചെയ്യലുണ്ടല്ലോ അതും എന്താണ് ബ്രഹ്മം പിന്നെ ഹോമത്തിനായിട്ടുള്ള ദ്രവ്യം ഹവിസ് അതെന്താണ് ബ്രഹ്മം പിന്നെ ഹോമ ഹോമത്തിന്റെ ആ കരണം ഹോമാദി കരണം എന്ന് പറയും അതായത് മാർഗം അതെന്താണ് ബ്രഹ്മം പ്രാപ്തസ്ഥാനം എന്താണ് അതും ഭ്രഹം ഭ്രഹല്ല ബ്രഹ്മം ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേൾവിയിൽ തന്നെ അപ്പൊ രാവിലെ മുതല് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുവോ അതെല്ലാം ബ്രഹ്മമാണ് ബ്രഹ്മപൂജയാണ് ബ്രഹ്മയജ്ഞമാണ് ഒരു സംശയവും വേണ്ട രാവിലെ എഴുന്നേൽക്കുന്നു ആരെഴുന്നേൽക്കുന്നു ബ്രഹ്മം ബാത്റൂമിലേക്ക് പോകുന്നു ബ്രഹ്മം എടുക്കുന്നു ബ്രഹ്മം തുറക്കുന്നു ബ്രഹ്മം വയ്ക്കുന്നു ബ്രഹ്മപൂജ ചെയ്യുന്നു ബ്രഹ്മയജ്ഞം സർവം ബ്രഹ്മമയം ഒന്നും വേറെയല്ല എന്ന് എല്ലാം എല്ലാം ഒന്ന് വേറെ ഒന്നും വേറെ എന്ന് പറയാൻ പറ്റില്ല വേറെയായിട്ട് ഇവിടെ യാതൊന്നും തന്നെ ഇല്ല അങ്ങനെ ഇവിടെ ഒരു ആരംഭവും പരിസമാപ്തിയുമുണ്ട് ഈ ആരംഭത്തിൽ തന്നെ ബ്രഹ്മത്തെ വെച്ചുകൊണ്ടാണ് പരിസമാപ്തിയും ബ്രഹ്മം തന്നെ അതാണ് ഈ ശ്ലോകത്തിന്റെ ഏറ്റവും മഹനീയമാർന്ന ഭാവം മറ്റതിനൊക്കെ ഒരു ആരംഭം കുറച്ച് താഴേന്നായിരിക്കും അതൊന്ന് പടിപടിയായിട്ട് മുകളിൽ പോയിട്ടാണ് ബ്രഹ്മത്തിൽ കലാശിക്കുക ഇത് ആരംഭവും ബ്രഹ്മം ഒടുക്കവും ബ്രഹ്മം തുടക്കവും ഒടുക്കവും മദ്യവും എല്ലാം ബ്രഹ്മം ഈ ഭാവത്തിലായിരിക്കണം നമ്മുടെ കർമ്മങ്ങളെന്ന് ഭഗവാൻ പറയും ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന അതുകൊണ്ടാണ് അതായത് ആരാണോ അന്നം കഴിക്കുന്നതിന് മുൻപായിട്ട് വെള്ളം എടുത്ത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധി ഓം പ്രാണായ സ്വാഹ ഓം അപാനായ സ്വാഹ ഓം വ്യാനായ സ്വാഹ ഓം സമാനായ സ്വാഹ ഓം ബ്രഹ്മണേ സ്വാഹ കഴിക്കണം പ്രാണ അപാന വ്യാന ഉദാന സമാനന്മാർക്കൊക്കെ കൊടുത്ത് ഇതാ അവർക്കൊക്കെ ഉള്ളതാണ് അവർക്കായിക്കൊണ്ട് ഞാനിതാ അന്നത്തെ സ്വീകരിക്കുന്നു അപ്പം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എന്താണ് ഒരു പൂജയാണ് ബ്രഹ്മപൂജയാണ് ഇപ്പൊ കഴിക്കുന്ന ഞാൻ ബ്രഹ്മമാണ് കാരണം ആ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാ അന്നം ബ്രഹ്മേദി വ്യജാനാത് അദ്ദേവ കൽവിമാനി ഭൂതാനി ജാത അന്നേന ജാതീവന്തേ യന്തി അഭിസംവിശന് അന്നത്തിൽ നിന്നാണ് ഇത് ജാതമായത് അന്നത്തിൽ നിലകൊള്ളുന്നു അന്നത്തിലേക്ക് വിലയിക്കുന്നു അതുകൊണ്ട് അന്നം ഭ്രമമാണ് അന്നം ന നിന്ദ്യ തദ്വ്രതം എന്നൊക്കെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപെങ്കിലും ഈ ഒരു ചിന്ത വേണം അപ്പം ബ്രഹ്മഭാവത്തോടുകൂടി നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കതിനെ നിഷേധിക്കാൻ തോന്നില്ല അതില്ലാത്തതുകൊണ്ടാണ് അതിനെ തട്ടി മാറ്റാനൊക്കെ തോന്നുന്നത് അത് ബ്രഹ്മമാണ് അതാണ് നീയായിട്ടിരിക്കുന്നത് ഞാനായിട്ടിരിക്കുന്നത് അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ പോയി കഴിഞ്ഞാലുള്ള പ്രക്രിയ ആരാണ് അവിടെ ഭഗവാനാണ് അത് പതിനഞ്ചാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിസ്തരിക്കുന്നുണ്ട് അപ്പൊ എല്ലാറ്റിനെയും ഭ്രഹമാക്കുക എല്ലാം അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പൂജാതി കർമ്മങ്ങൾ വിളക്ക് കത്തിച്ച് വിളക്ക് കത്തിക്കുന്നുവെങ്കിൽ കത്തിക്കുന്ന ആള് ഭ്രഹ്മമാണ് കത്തിക്കുന്ന തീപ്പെട്ടി അതിലൊഴിക്കുന്ന എണ്ണ കത്തുക പ്രകാശം അനന്തര ഫലം എല്ലാം സർവം ബ്രഹ്മമായ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹാവി നിങ്ങൾക്ക് ഏത് കർമ്മം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്യുമ്പം സംശയമുണ്ടെങ്കിൽ ഈ ശ്ലോകത്തെ ചേർത്ത് വെച്ച് അങ്ങോട്ട് ചെയ്താൽ മതി വേറെ മന്ത്രങ്ങളും വേണ്ട ഇത് മതി ഏത് കർമ്മവും കക്കാൻ പോണമെങ്കിൽ അതുപോലും ചെയ്തു ബ്രഹ്മാർപ്പണം ബ്രഹ്മഹാവി എല്ലാ കർമ്മങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ളൊരു മന്ത്രമാണ് ഒരു സംശയവും വേണ്ട അതുകൊണ്ട് കാണാതെ പഠിച്ചു വെച്ചുള്ളൂ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമല്ല ചിലർക്ക് ഇത് കഴിഞ്ഞാൽ ഉടനെ വശക്കാൻ തുടങ്ങുമെന്ന് പറയും കാരണം ഇത് ശീലിച്ചു പോയി അങ്ങനെ അതുകൊണ്ട് ഇതിനെ ചില പുസ്തകങ്ങളിലൊക്കെ ഭോജന മന്ത്രം എന്നെഴുതി കണ്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത് തെറ്റാണ് ഭോജന മന്ത്രം എന്ന് പറയുന്നത് ഭഗവത്ഗീത നാലാം അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകാണ് അപ്പൊ ആശ്രമത്തിലൊക്കെ ഇത് ചൊല്ലിയിട്ടേ കഴിക്കാവുന്ന അപ്പൊ ഈ മടിയന്മാരായ കുട്ടികള് നാല് ഇരുപത്തിനാല് എന്താ നാലാം അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകം അങ്ങനെയുണ്ട് വേഗം കഴിഞ്ഞല്ലോ വഴിപാട് ഇത്രയും ചൊല്ലണ്ട 424 ഇരുപത്തിനാല് പലതും നമ്മൾ അങ്ങനെ ചുരുക്കി ചുരുക്കി ചുരുക്കി ചുരുക്കിയിട്ട് വരുന്നുണ്ടല്ലോ അപ്പം നാല് ഇരുപത്തിനാല് നാല് മതി ആലോചിക്കൂ അല്ലെങ്കിൽ ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് ആലോചിച്ചോളൂ എല്ലാ കർമ്മങ്ങളെയും മന്ത്രപൂരിതമാക്കി ബ്രഹ്മപൂജയാക്കി ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഭഗവാൻ ഹോമത്തിലെ ഘടകങ്ങളൊന്നും വ്യത്യസ്തമല്ല ഈ ഘടകങ്ങളെല്ലാം തന്നെ ഭ്രഹമാണ് ഇതിനെയൊക്കെ ചേർത്ത് വെച്ച് ഏതൊന്ന് ഏതൊരു ഫലത്തെയാണോ കാക്ഷിക്കുന്നത് ആ കാക്ഷിക്കുന്നവനും ഫലവും ഭ്രഹമാണ് ഒന്നും ഭിന്നമല്ല എന്ന് പറയാം തുടർന്ന് ുപാസത്തെ അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് യജ്ഞ പ്രകരണം എന്ന് പറഞ്ഞല്ലോ ഒരു മുപ്പത്തി രണ്ടാമത്തെയൊക്കെ ശ്ലോകം വരെ ഈ യജ്ഞ പ്രകരണം നീണ്ടു അതെ മുപ്പത്തിരണ്ട് വരെയൊക്കെ ഈ യജ്ഞ പ്രകരണം മുതൽ അങ്ങോട്ട് മുപ്പത്തിരണ്ട് വരെ ഉള്ള ശ്ലോകത്തെ ഭഗവത്ഗീതയിലെ യജ്ഞ എന്ന് പറയും എന്താണ് യജ്ഞം എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് യജ്ഞം ഒരു കൂട്ടർ ചിലരെ സംബന്ധിച്ച് ഇതാണ് എന്താ അവർക്ക് രമണ മഹർഷിയോട് പറഞ്ഞു അല്ലയോ മഹർഷെ അങ്ങ്ങനെ ഇരുന്നിട്ട് ഓരോന്ന് ചെയ്യുന്നതിന് പകരം അമ്മ അങ്ങ് ഒരു കാര്യം ചെയ്യൂ സമൂഹത്തിൽ എത്രയോ പേർക്ക് വിഷമം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട് എന്തെങ്കിലുമൊക്കെ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യൂ ഒരുപാട് പേര് അങ്ങേയറ്റം വിഷമിക്കുന്നു അവർക്കൊക്കെ വേണ്ട വേണ്ടിയിട്ട് അങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്യൂ എന്ന് പറയാം അപ്പൊ രമണ മഹർഷിയുടെ ഉത്തരവിതാണ് മഹർഷി പറഞ്ഞു ഞാൻ അങ്ങനെ ആ എവിടെയും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഞാൻ കാണുന്നത് മുഴുവൻ ബ്രഹ്മ അതുകൊണ്ട് നിങ്ങൾ വല്ല പ്രശ്നങ്ങൾ കാണുന്നുവെങ്കിൽ സമൂഹത്തിൽ പരിഹരിക്കേണ്ടതായ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങൾ പോയിട്ട് പരിഹരിക്കൂ ഞാൻ കാണുന്നില്ല പ്രശ്നങ്ങൾ ഇതാണ് ആദ്യത്തെ ലക്ഷണം ക്ലിയറാവുന്നുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് എന്താണ് സർവം ബ്രഹ്മം വേറെ ഒന്നും എനിക്ക് അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ആ ഗാന്ധിജി രമണ മഹർഷിയോട് സ്വാതന്ത്ര്യത്തിലേക്ക് അങ്ങ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പം എനിക്ക് അതിൽ താല്പര്യമില്ല കാരണം എനിക്ക് ഞാനൊരു ബന്ധനസ്ഥനാവണ്ടേ മാത്രമല്ല ഈ ജനങ്ങൾ അസ്വതന്ത്രനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നെ സംബന്ധിച്ച് ഞാൻ സർവദാ സ്വതന്ത്രനാണ് അതുകൊണ്ട് ഇനി എന്ത് സ്വാതന്ത്ര്യ സമരം അങ്ങനെയൊന്നും എന്നെ എനിക്ക് അതൊരു വിഷയമേ അല്ല <laughs> I am very sorry <laughs> <breasts Rocky .ocoene> no cancer, no. I, I that Ramana Madhashree боль See, there is no New Health, we just needfruit There is no nothing, you cannot There is cancer and those tissues Unfortunately there is keine sanity There is no body and celle in the body There is nothing worry about it കാരണം അതിന് നിലനിൽക്കാനൊരു ഇടവില്ലല്ലോ മഹർഷി നോക്കിയപ്പോ അത് ഇത്ര കാലവും ഇവിടെയായിരുന്നു അപ്പൊ ഇവിടുന്ന് വീണ് മണ്ണിൽ വീണപ്പോ അതിനെ അവിടെ നിൽക്കക്കള്ളി ഇല്ലാതെയായപ്പോ തോണ്ടി അതിനെ വീണ്ടും ഇവിടെ വെച്ചു അവിടെ ഇരുന്നോട്ടെ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഭാവം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ വ്രണം വന്ന് പുഴു വന്നാൽ ബ്രഹ്മഭാവം എന്നില്ല അതായത് ശരീരത്തിൻ്റെ പ്രാരബ്ധം അതിന്റെ തലത്തിൽ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ കൈവരിച്ച ഒരു മഹാമനീഷിയാണ് രമണ മഹർഷി എന്ന് പറയാ ഇപ്പൊ രമണ മഹർഷിയെ പോലുള്ള ഒരാൾക്ക് സർവം ബ്രഹ്മം അദ്ദേഹത്തിന്റെ എന്താ അദ്ദേഹമായിട്ട് അദ്ദേഹത്തിന് സംഭാഷണം തന്നെ ഇല്ല വളരെ അദ്ദേഹം സംസാരിക്കാറില്ല വളരെ ദുർലഭം കേസ് സംസാരിച്ചിട്ടുള്ളൂ വളരെ വളരെ ദുർലഭം അഞ്ചാം ക്ലാസ്സിൽ അതെ അഞ്ചു വയസ്സുള്ളപ്പം മഹർഷിക്ക് ചെറിയ കുട്ടിയായിരുന്നപ്പം മഹർഷിയുടെ ജീവിതമൊക്കെ എടുത്ത് വലിയ എന്താ വലിയൊരു അതായത് അമ്മക്ക് ഈ അമ്മ പ്രസവത്തിൽ ഇരിക്കുമ്പം തന്നെ അമ്മക്ക് വല്ലാത്തൊരു ചൂടായിരുന്നു എന്നാ പറയണത് എന്നിട്ട് അന്ന് ഒരു എന്താ പറയാ കണ്ണു കാണാത്ത ഈ ഒരു വയറ്റാട്ടി എന്ന് പറയൂല്ലോ അവര് ഈ രമണ മഹർഷിയുടെ അമ്മയ്ക്ക് ചില പച്ച ഇലകളൊക്കെ വെച്ചു കൊടുക്കും തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പറയാം എൻ്റെ വയറ് ചുട്ട് നീർന്നു എന്തോ ഒരു തീക്കുണ്ടം വിഴുങ്ങിയതുപോലെയുണ്ട് ഏത് നേരമായിട്ടെന്ന് അങ്ങനെയായിരുന്നു അത്ര കാരണം അവരെ അഗ്നികോളം തന്നെയായിരുന്നു അത് എന്ന പ്രസവിച്ച് അപ്പം ഇവർ പറയുന്നു ഇവർ ഇവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തോ ഒന്ന് കണ്ടു ഞാൻ കണ്ണു കാണാത്ത അവർ എന്തോ കണ്ടു എന്ന് പറഞ്ഞു ഇവനാൾ കേമനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയായിരുന്നു ആള് ആ മഹർഷിയുടെ കുട്ടിക്കാലത്ത് ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് മഹർഷിയുടെ ഒരു എന്താ കൂട്ടുകാരി കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു മഹർഷി ഇതൊക്കെ കഴിഞ്ഞു എന്താ ഈ വിരൂപാക്ഷ ഗുഹയിലും അങ്ങനെയൊക്കെയായിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ ലക്ഷ്മി കല്യാണവും കഴിഞ്ഞു കുട്ടികളായി കുട്ടികളുടെ കുട്ടികളൊക്കെയായിട്ട് ഒരിക്കൽ ആശ്രമത്തിൽ ചെന്നു അപ്പൊ അവർക്കറിയാം ഈ ലക്ഷ്മിക്കറിയാം രമണ മഹർഷിയെ ഇത് എൻ്റെ കൂടെ പഠിച്ച രമണനാണ് വെങ്കിട്ട രമണനാണ് എന്നുള്ളതൊക്കെ അപ്പൊ അറിയുമെന്നറിയില്ലല്ലോ അപ്പൊ അവരെ അങ്ങനെ ചെന്നു മഹർഷിയെ നമസ്കരിച്ചു നമസ്കരിച്ച് ഉടനെ മഹർഷി തമിഴിൽ ചോദിച്ച് ലക്ഷ്മി എന്നാ സൗഖ്യം താനാം ഞെട്ടിപ്പോയി എന്ന് പറയാ പറഞ്ഞത് മഹർഷി ശരീരത്തെ അല്ല നോക്കിയത് ശരീരത്തെ ആയിരുന്നുവെങ്കിൽ വർഷങ്ങളെ കൊണ്ട് ലക്ഷ്മിയുടെ ശരീരം മൊത്തം മാറിയിട്ടുണ്ട് ഇപ്പൊ മഹർഷിയെ സംബന്ധിച്ച ആ നോട്ടം തന്നെ ചെറുപ്പത്തിലെ നോട്ടം ബോധത്തിലേക്കായിരുന്നു നൊ മഹർഷിയെ സംബന്ധിച്ച ആ നോട്ടം തന്നെ ചെറുപ്പത്തിലെ നോട്ടം ബോധത്തിലേക്കായിരുന്നു നാ അപ്പം ആരനായിരുന്നു അദ്ദേഹം ചിഹ്നയാ സ്വാമികൾ രമണ മഹർഷിയെ കാണാൻ പോകുന്നുണ്ട് അവര് സംസാരിച്ചിട്ടേ ഇല്ല കുറച്ച് ദൂരെ അങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നാൽ സംസാരിച്ചിട്ടുണ്ട് നമ്മള് അതായത് ഈ ബാഹ്യമായിട്ടുള്ള സംസാരം അല്ലാത്ത ആന്തരികമായ സംസാരമുണ്ടല്ലോ ഭഗവത്ഗീതയെക്കുറിച്ച് ആ ഒരു സംശയം ആദ്യ സമയത്ത് ഒന്നാം അധ്യായം രണ്ടാം അധ്യായം എടുക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പലർക്കും ഉള്ള സംശയമാണ് സമയം ഈ ഭഗവത്ഗീത ഇത്രയും വലിയൊരു പതിനെട്ട് അധ്യായമുള്ള ഈ ഗ്രന്ഥം അല്ലെങ്കിൽ ഭഗവാൻ ഇത്രയും ചോദ്യങ്ങൾ അർജുനൻ ഇത്ര ചോദ്യം ചോദിക്കും ഭഗവാൻ ഇത്ര ഉത്തരം പറയുന്നു ഇപ്പൊ ഈ ശംഖുപഴക്കി കഴിഞ്ഞിട്ട് ഇവർ അങ്ങനെ ഇരുന്നു ഇതൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ എല്ലാവരും കേട്ടിരുന്നു അതോ ഇത്ര നേരത്തെ എങ്ങനെ എങ്ങനെ ഒരു സംശയമുണ്ട് സാമാന്യമായിട്ട് എല്ലാവർക്കുള്ള ഒരു സംശയമാണ് ഒരു ഇതിൻ്റെ ഒരു ഉത്തരം ഇത് ബാഹ്യമായിട്ട് എന്താ പറയുക ഭഗവാനുമായിട്ടുള്ള ഒരു തുറന്ന ചർച്ചയായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ഒരാചാര്യം അത് വലിയൊരു ശരിയെന്ന് തോന്നുന്നുണ്ട് കാരണം ഇതൊരു തുറന്ന ചർച്ചയായിരുന്നെങ്കിൽ വേറെയും ചിലർ ഇടപെടുമായിരുന്നു എന്നാ അതുകൊണ്ട് ഇത് അർജുനനും ഭഗവാനും തമ്മിലുള്ള മൗന സംവാദമായിരുന്നു ഈ മൗന സംവാദത്തെ ഗ്രഹിച്ചെടുക്കാൻ പോകുന്ന ഗ്രഹണശേഷി ആർക്കുണ്ടായിരുന്നു സഞ്ജയനുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ ഈ ഇതൊക്കെ പരീക്ഷണങ്ങൾ പല പരീക്ഷണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ലോകത്തിൽ പല പരീക്ഷണങ്ങൾ സ്വാമി അതിനെക്കുറിച്ച് പറയാം അതായത് നമ്മൾ നമുക്കും ഈ കഴിവൊക്കെ ഉണ്ട് നിങ്ങൾക്കിത് പറഞ്ഞാലേ ഇതിലേക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് സ്വാമി പറയാം ഈ കഴിവ് നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇപ്പൊ നമുക്ക് സ്വാമിക്ക് ഇവിടെ ഇരുന്നിട്ട് നിങ്ങളിങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും പിറകില് സ്വാമിക്ക് അത്ര എങ്ങട്ട് നോട്ടം കിട്ടുന്നില്ല നിങ്ങളുടെ കണ്ണുകളൊന്നും ശരിക്കും വ്യക്തമല്ല എന്നാലും ഏറെക്കുറെ ഒരു ഭാഗങ്ങളിലൊക്കെ കിട്ടും നമുക്കറിയാൻ പറ്റും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നവര് ആ ശ്രദ്ധാപൂർവം അതിനെങ്ങോട്ട് എന്താ പറയുക സ്വീകരിക്കുന്നവര് എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറയുമ്പോൾ മുൻപ് കേട്ടിട്ടുള്ളവരാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്നതിന്റെ പ്രകടനം അത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്കും സാധിക്കുന്നതാണ് സ്വാമിക്ക് മാത്രമൊന്നുമല്ല അപ്പൊ മൗനമായിട്ട് നമുക്ക് മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ സംഗതികൾ നടക്കും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നമുക്ക് പറയാൻ പറ്റും പ്രേമം ആദ്യം സംഭവിക്കുന്നത് എങ്ങനെയാണ് വാക്കുകളെ കൊണ്ട് പറഞ്ഞിട്ടാണോ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പരസ്യമായിട്ടാ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പരസ്യമായിട്ടാണോ നമുക്കാകെ അറിയുന്ന ചെപ്പടി വിദ്യ ഇതൊക്കെ തന്നെയുള്ളൂ മൗനമായിട്ട് കൈമാറ്റം ചെയ്യുന്ന അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ ദക്ഷിണാമൂർത്തി സനകാദികൾക്ക് ഉപദേശിക്കുന്നത് ചിത്രം വടതരോർമൂലേ വൃദ്ധ ശിഷ്യ ഗുരു യുവാ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയാ ചിത്രം വടതരോർ മൂലെ ഇതാ ഞാനൊരു ചിത്രം കാണുന്നു വടവൃക്ഷ ചുവട്ടിൽ എന്താണ് ചിത്രം ചിത്രം വടതരോർ മൂലെ വൃദ്ധാ ശിഷ്യ ഗുരുർ യുവ വൃദ്ധന്മാരായിട്ടുള്ള കുറെ ശിഷ്യന്മാരും യുവാവായിട്ടുള്ള ഗുരുവും എന്താ ഉപരി ചെയ്യുന്നത് ഗുരോസ്തു മൗനം വ്യാഖ്യാനം മൗനമാകുന്ന വ്യാഖ്യാനം ഗുരു നടത്തിക്കൊണ്ടിരിക്കുന്നു ശിഷ്യന്മാർ കണ്ണും വിളിച്ചിരിക്കുകയാണോ ശിഷ്യാസ്തു ചിഹ്ന സംശയാ സംശയത്തിൻ്റെ കണിക പോലുമില്ലാതെ ഗുരുവിൽ നിന്നെല്ലാം ഗ്രഹിക്കുന്ന വിദ്യ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേക വിദ്യയാണത് അതിനെക്കുറിച്ച് ആധുനിക ഗവേഷണങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട് റഷ്യയിലാണത് നടന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മഹാത്മാവ് നമ്മളോട് പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പരീക്ഷിക്കാം നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കും ശരിയാണോ നോക്കാലോ പരീക്ഷിക്കാൻ തയ്യാറായിക്കോളും പരീക്ഷണം ഇതാണ് ചെറിയ കുട്ടിയെ ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ തീരെപ്പെടുന്നെല്ലാം ഒരു ഒന്നാം ക്ലാസ്സോ എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന പാകത്തിനുള്ള ഒരു കുട്ടിയെ മുറിയിലിരുത്തുക മുറിയിലെ മറ്റ് സംഗതികളൊന്നും പാടില്ല ഫാന് ലൈറ്റ് ഇത്യാദി മറ്റേ മിന്നുന്നതും ചാടുന്നതും ഒന്നും പാടില്ല ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കുട്ടിയെ അവിടെ നടുക്കിരുത്തുക ഇരുന്നോളാം പറയാ നിങ്ങളും ഇരിക്കുക കുറെ ദൂരത്തായിട്ട് ഇരിക്കുക അവനോട് ശ്രദ്ധിക്കാൻ പറയാം കണ്ണടച്ചിരിക്കാൻ വേണമെങ്കിൽ ശ്രദ്ധിക്കാം നിങ്ങളും ഒന്നും ചെയ്യണ്ട എന്നിട്ട് കണ്ണടച്ചിരിക്കട്ടെ അവൻ കുറച്ചു നേരം നമ്മൾ കണ്ണടച്ചിരിക്കുക ചുണ്ടൊന്നും അനക്കണ്ട നിങ്ങൾ നിരന്തരം എന്തെങ്കിലും പറയാം മനസ്സിൽ നിരന്തരം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പരിശീലിക്കൂ നിരന്തരം ഒരൊറ്റ കാര്യം ഒന്നുകിൽ അവനോട് എഴുന്നേൽക്കാൻ പറയാ അല്ലെങ്കിൽ അവനോട് ചിരിക്കാൻ പറയാ എന്തെങ്കിലും ഒരു നിർദ്ദേശം നിങ്ങൾ കൊടുക്കുക ചുണ്ടനങ്ങാൻ പാടില്ല നിരന്തരം അതങ്ങോട്ട് നടക്കട്ടെ എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് ചോദിക്കുക അവനോട് ചിരിക്കാൻ നിരന്തരം പറഞ്ഞു പോയിട്ട് അതിന് ചിരിക്കുകയാണെങ്കിൽ എന്തിനാണ് ഈ ചിരിച്ചതെന്ന് ചോദിച്ചാൽ ആ പറയും നോക്കൂ അമേരിക്കയിൽ അല്ല റഷ്യയിൽ ഒരു ബുദ്ധിസ്റ്റ് ആയിരുന്നു ഇത് ഈ പരീക്ഷണം നടത്തിയത് മുപ്പത് പേരെ മൂന്ന് മാസം മുപ്പത് പേരെ മൂന്ന് മാസം ഈ പഠനത്തിന് അതായത് അദ്ദേഹം പറഞ്ഞു ഇത് വളരെ വലിയൊരു ഗവേഷണമാണ് ഇതിനെ ആ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാനുണ്ട് എന്ന് പറയാം പരീക്ഷണം ഇതാണ് പറഞ്ഞു ഈ മുപ്പത് പേര് മൂന്ന് മാസം എൻ്റെ കൂടെ കഴിയണം ആരെങ്കിലും ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാ ശരിയായ വിധം ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ ഞാൻ ഓരോരുത്തരെ പുറത്താക്കും കാര്യം ഇതാണ് മുപ്പത് പേര് നമ്മളിവിടെ ഹോളിൽ ഇരിക്കുന്ന സമയത്ത് മുപ്പത് പേരുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാൻ പാടില്ല ക്കാണ് അതായത് നിങ്ങൾ നടക്കുന്ന സമയത്ത് വേറൊരാള് എതിരെ വരുമ്പോ നിങ്ങൾ മാറുന്നുവെങ്കിൽ നിങ്ങൾ പുറത്താണ് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ പുറത്താ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ പുറത്താ ഇങ്ങനെ ഇദ്ദേഹം ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തു ഒരുപാട് ഒരുപാട് നിർദ്ദേശങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് അതിലെ ഇരുപത്തിയേഴ് പേരൗട്ടായി ബാക്കി അവശേഷിച്ചു മൂന്ന് പേര് മൂന്ന് പേരിൽ ഒരാൾ അവശേഷിച്ചു ആ അവശേഷിച്ച ആള് എന്താ റഷ്യയിലെ പ്രഗത്ഭനായ ശാസ്ത്രകാരനാണ് ഗണിത ഒപ്പം ഫിലോസഫറുമാണ് അപ്പം അദ്ദേഹമായിട്ട് പിന്നെ അദ്ദേഹം മാത്രമായി പിന്നെ ഇവർ ഈ ഗുരു അദ്ദേഹമായിട്ട് സംസാരിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പം അതായത് അദ്ദേഹം ഇങ്ങോട്ട് പറയാൻ തുടങ്ങി ഇദ്ദേഹം അങ്ങോട്ടും പറയാൻ തുടങ്ങി ഇവർ തമ്മിൽ മൗനമാകുന്ന സംഭാഷണം അങ്ങോട്ട് തുടങ്ങി എന്ന് പറയാം അദ്ദേഹം ആദ്യം അത്ഭുതപ്പെട്ടു ഈ ഇത് കേട്ടിട്ട് തന്നെ വിളിക്കുന്നതും തന്നോട് ചോദിക്കുന്നതും പിന്നെ അവരെ നിരന്തര സംഭാഷണമായിരുന്നു റഷ്യ വലിയ ഗവേഷണം നടത്തിയിട്ടുണ്ട് എത്രയോ ദൂരെയുള്ളവർക്ക് ടെലിപതിയായിട്ട് സന്ദേശങ്ങൾ കൈമാറുന്ന ഗവേഷണം റഷ്യയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് പറഞ്ഞു വന്നത് ഈ ഈ ഇവിടെ ഈ കൂട്ടത്തിലിരിക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാം പലരും അങ്ങനെയാണല്ലോ ഇരിക്കുന്നത് അല്ലേ കൂട്ടത്തിലിരിക്കെ എല്ലാവരെയും തിരസ്കരിച്ചുകൊണ്ട് എല്ലാറ്റിനെയും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മാത്രം ഇരിക്കാം അതേസമയം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്കൊരു കൂട്ടത്തെയായിട്ട് ഇരിക്കാം കാട്ടിൽ വേണമെങ്കിൽ നമുക്ക് മൊത്തം ഒരു തൃശൂർ പൂരത്തിലിരിക്കുന്നത് പോലെ ഇരിക്കാം തൃശൂർ പൂരത്തിൽ കാട്ടിലിരിക്കുന്നത് പോലെയും ഇരിക്കാം അർജുനനും ഭഗവാനും തമ്മിലുള്ള ഈ സംവാദത്തില് അവര് മാത്രമേ ഉള്ളൂ കുരുക്ഷേത്ര ഭൂമിയില്ല അവര് ബാഹ്യമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും മറ്റുള്ളവരൊക്കെ ഇടപെട്ടേനെ അവരിടപെടാത്തത് ഇതുകൊണ്ടാണ് അത്ര അതൊരു അതൊരു എന്താ പറയുക ഒരു മനഃശാസ്ത്രം മാത്രമല്ല ഈ തരത്തിലാണ് കാര്യങ്ങളൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് ബുദ്ധൻ അങ്ങനെയാണ് രഹസ്യങ്ങൾ കൈമാറിയിട്ടുള്ളത് പതിനാറാമത്തെ ശിഷ്യനൊക്കെ ആയ സമയത്താണ് അത് ലിഖിത രൂപത്തിലേക്കൊക്കെ പുറത്തു വന്നത് അതുവരെ ബുദ്ധനും ആനന്ദനും അതുപോലെ മറ്റ് ശിഷ്യന്മാരൊക്കെ ബുദ്ധൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് മൗനത്തിലൂടെയാണ് മിണ്ടാതെ വന്ന് ഗുരുവിൻ്റെ അവർ രാവിലെ വന്ന് മിണ്ടാതിരിക്കും ഇദ്ദേഹവും മിണ്ടാതിരിക്കും ചിലരെയൊക്കെ നോക്കിച്ചിരിക്കും അപ്പം അത് കഴിഞ്ഞു ആ ക്ലാസ് കഴിഞ്ഞു എന്ന് അധികം സംസാരിക്കേണ്ടി ഒന്നും വരാറില്ല നമുക്കും അധികം സംസാരിക്കേണ്ടി വരാറുണ്ടോ ചില സമയത്ത് നമ്മൾ ഉമ്മർത്തിരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അറിയില്ലേ ബാക്കിയുള്ളവർക്ക് എന്താ ഇരിപ്പിന്റെ ലക്ഷണം എന്ന് എന്തൊക്കെയാ ഇരുന്നു കൊണ്ട് പറയുന്നത് എന്ന് നമുക്കറിയില്ലേ ഇല്ലേ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നില്ലേ അപ്പൊ നമ്മുടെ മനസ്സ് ഇത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പൊ ഒരു ദേഷ്യത്തോടുകൂടിയൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മളെ ഇപ്പം എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതെ നമുക്ക് മനസ്സൊന്ന് ശാന്തമാക്കിയ മനസ്സിലാവും ഇങ്ങോ ഇങ്ങ എന്തൊക്കെയാ പറയുന്നത് പിന്നെ മുഖത്ത് ആ ഭാവവും കൂടെ വരും പിന്നെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറയും നീ എന്താ കുന്തം വഴുങ്ങിയതുപോലെ നീ എന്താ ഒന്നും വേണ്ടത് ആളെ പേടിപ്പിക്കുക അങ്ങനെ എങ്ങനെ എനിക്കറിയാം നീ എന്തൊക്കെയാണ് ചിന്തിക്കണമെന്ന് എനിക്കറിയാം എനിക്കറിയില്ല നീ വിചാരിക്കേണ്ട എന്ന് നമ്മൾ പറയും കാരണം ഞാൻ അറിയുന്നു നിൻ്റെ ചിന്തകൾ പക്ഷേ കോടതിയിലൊന്നും റെക്കോർഡാക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ എൻ്റെ ചിന്ത എങ്ങനെയാണ് നിങ്ങളറിയുന്നത് അപ്പൊ പെട്ടെന്ന് നമ്മൾ ശരിയാണല്ലോ എന്നൊക്കെ പക്ഷേ നമുക്കറിയാൻ പറ്റുന്നു അപ്പൊ ഈ രഹസ്യങ്ങൾ കൈമാറുന്ന ഒരു കാര്യമൊന്നും ആലോചിച്ചാൽ അതുകൊണ്ടത് സംഭാവ്യമാണ് പലതും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതും ഇങ്ങനെയായിരിക്കും അപ്പൊ മഹർഷിയെ സംബന്ധിച്ച് മഹർഷി കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇതുപോലെയാണ് എല്ലാം ബ്രഹ്മമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കു അങ്ങനെയല്ലേ നമ്മുടെ പൂർവികന്മാരൊക്കെ സസ്യങ്ങളോടും ജന്തുക്കളോടും ഇങ്ങനെയുള്ളതിനോടൊക്കെ സംസാരിച്ചു തുടങ്ങിയത് തമാശയായിട്ട് ഒരു ഒരാൾ പറയുന്നു അതാ കൊതുകുകളുടെ സംഭാഷണം ശ്രവിക്കാൻ പറ്റുന്ന ഒരാൾ ഒരു വീട്ടിൽ എന്നും അടിയാണ് കൊതുകിന്റെ വീട്ടിൽ ഭർത്താവ് വഴക്ക് പറയുന്നു ഭാര്യയെ നീ എന്നും ഇങ്ങനെ മദ്യം കഴിച്ചു വരരുത് ഞാൻ ഭർത്താവ് കുടിക്കാറില്ല എന്താ ഈ ആൺകുതു ചോര കുടിക്കില്ലല്ലോ പെൺകുത് പോയി കുടിക്കുന്നത് കുടിയന്റെ രക്തമാണ് എന്നിട്ട് ഇവരെ അടിച്ചു പൂസായിട്ട് വേ വീട്ടിലടിയത് കൊതിയിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുന്നവരാ ഇങ്ങനെ ഉറുമ്പുകളുടെ സംഭാഷണം രമണ മഹർഷിക്ക് പക്ഷികളുടെ സംഭാഷണം അറിയായിരുന്നു മഹർഷിയുടെ മുൻപിൽ ഒരു ക്ലിക്കളി ക്ലിക്ക് എന്നൊക്കെ പറഞ്ഞു എന്തോ പറഞ്ഞ സമയത്ത് മഹർഷി ഉടനെ വിളിച്ചു രാമ ആരെ ഇവരുടെ കൂട് എന്താ ചെയ്തത് ചോദിച്ചു മഹർഷിയുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞല്ല അപ്പൊ നോക്കുമ്പോ അപ്പുറത്ത് ആരോ കൂട് എന്തോ അടിച്ചു വാരുന്ന സമയത്ത് അതിന്റെ കൂട് തട്ടി വീണ് അത് താഴെ കിടക്കുക അപ്പൊ അതിന് തോന്നി ഇതാണ് ഇവിടുത്തെ യജമാനൻ ഇദ്ദേഹത്തിനോട് പറയാമെന്ന് പല സമയത്തും അങ്ങനെയാണ് നമുക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ട് ഒരു ഈ അടുത്ത ദിവസം ഒരു വീട്ടിൽ പോയിട്ട് അവരെല്ലാവരെയും ഒക്കെ പരിചയപ്പെടുത്തി ആ സമയത്ത് പൂച്ചങ്ങനെ മാലൊക്കെ പൊക്കിയിട്ട് മേ ആവും മി ആവും എന്താ എന്നെ പരിചയപ്പെടുത്താത്തത് ആ ഇതായി ഇത് ഇവൻ പൂച്ചയാണെന്ന് പറഞ്ഞപ്പോൾ ആവും പോയി പറയുക അതെ അവ ശരിക്കും ഫീൽ ചെയ്തു ഇവന് പ്രാധാന്യം കൊടുത്തില്ല ഇവരുള്ളവർ അതുകൊണ്ട് ഞാനും ഇവിടുത്തെ ഒരാളാണ് സ്വാമി എന്ന മട്ടിൽ സംഭവിക്കാം ആ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുവനെ സംബന്ധിച്ച് എല്ലാം ബ്രഹ്മം അതിൽ നിന്ന് ഭിന്നമായി യാതൊന്നുമില്ല അതൊരു കൂട്ടരുടെ തല ഇനി വേറൊരു കൂട്ടരുടെ ഇതൊക്കെ യജ്ഞമാണ് വേറൊരു കൂട്ടരെക്കുറിച്ച് പറയുന്നു പറയണോ അപരേ യോഗിനു യോഗികൾ മറ്റു ചില യോഗികള് ദൈവം യജ്ഞം ഏവ പര്യുപാസതേ ദൈവം ദിവ് ദ്യോതനെ ദൈവം എന്ന് പ്രകാശിക്കുന്നവൻ എന്നാണ് ആ ദൈവയജ്ഞം ദൈവം തന്നെ യജ്ഞ ദൈവം യജ്ഞമായി അതിനെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ദൈവീ സമ്പത്തിനെ നിറയ്ക്കുന്നു അതാണ് അവരുടെ യജ്ഞം എന്നിട്ടോ ആസുര സമ്പത്തിനെ അഗ്നിയിൽ ഹോമിക്കുന്നു അറിവാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു അപ്പം അപരെ യോഗിനൈവം യജ്ഞം ഏവ പര്യുപാസത്തെ ആ യജ്ഞത്തെ തന്നെ അവർ ഉപാസിക്കുന്നു അപരെ മറ്റു ചിലർ യജ്ഞേന യജ്ഞം ബ്രഹ്മാഗ്നൗ ഉപ്വതി യജ്ഞം കൊണ്ട് യജ്ഞത്തെ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ഉപജുഹതി ഹോമിക്കുന്നു എല്ലാ കർമ്മങ്ങളെയും യജ്ഞഭാവത്തോടുകൂടി ആ അറിവാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു ഭഗവാൻ ഓരോ പ്രകാരത്തിൽ പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാലോ നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് അങ്ങനെ പറയുന്നു അപ്പൊ ചിലരെ സംബന്ധിച്ച് എന്താ എല്ലാം യജ്ഞമാണോ യജ്ഞേന യജ്ഞം യജ്ഞമാണ് എല്ലാം ആ യജ്ഞത്തെ വീണ്ടും യജ്ഞമാക്കുക വീണ്ടും ശുദ്ധീകരിക്കുക എന്ന് ശുദ്ധീകരണത്തിന് വീണ്ടും ശുദ്ധീകരണം നമ്മൾ അരി ഇങ്ങനെ അരിക്കില്ലേ കല്ലുണ്ടോ നോക്കി ചെറുപയരൊക്കെ അങ്ങനെ അങ്ങനെ വീണ്ടും വീണ്ടും അത് ഒന്ന് യജ്ഞം അതിനെ വീണ്ടും യജ്ഞത്തിലേക്ക് ആ അതിനെ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ഉപജതി ഹോമിക്കുന്നു ഇനി മറ്റു ചിലർ ഇതേത് ഗണത്തിൽ നിങ്ങൾ പെടും ഏത് ഗണം ഏതാണ് നമുക്ക് സ്വീകരിക്കാൻ യോഗ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സ്വീകരിക്കാം കുറെ ലക്ഷണങ്ങൾ പറഞ്ഞു എന്താ യജ്ഞത്തിന്റെ രീതി നമുക്ക് പരിചയപ്പെടുത്തി തരും അടുത്തത് നോക്കാം ശ്രോത്രാദീൻ ഇന്ദ്രിയേ സംയമാന ഇന്ദ്രിയാഗ്നിഷു ശ്രോത്രാധീൻ ഇന്ദ്രിയാണി അന്യേ സമയമാഗ്നിഷു ജുഹ്വതി ശബ്ദാധീൻ വിഷയാൻ അന്യേ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി എന്താ അന്യേ അന്യേ എന്ന് പറഞ്ഞ മറ്റു ചിലർ ഇനി ചിലരെങ്ങനെയാണ് ശ്രോത്രാധീൻ ശ്രോത്രം മുതലായ ശ്രോത്രാധീൻ എന്ന് പറഞ്ഞ ശ്രോത്രം മുതലായിട്ടുള്ള കാത് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇത്യാദികൾ അങ്ങനെയുള്ള ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ സംയമാഗ്നിഷു ജുഹതി സംയമനമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു സംയമനം നിയന്ത്രണം അപ്പൊ ചിലനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടു കേട്ടു ഉടനെ പ്രതികരിക്കില്ല സംയമനത്തിലൂടെ സംയമനമാകുന്ന അഗ്നിയിൽ അവരതിനെ ഹോമിക്കുന്നു ഇതിലേതെങ്കിലുമൊക്കെ ഒരു കാറ്റഗറി പെടും നമ്മൾ ചിലപ്പോൾ എടുത്ത് കേട്ട ഉടനെ ചാടി പിടിച്ച് അടിച്ച് ശരിയാക്കാനുള്ള തീരുമാനം എടുക്കുമ്പം അവൻ അഗ്നിയിൽ ഹോമിക്കുന്നുല്ല അവൻ ഇന്ദ്രിയങ്ങൾക്ക് പിറകെ അവൻ പോകുന്നു എന്ന് പറയാ അവന്റെ കുതിര പറഞ്ഞു നേരത്തെ ദുഷ്ടാശ്വ ഇവ സാരേ അപ്പൊ ഇതാണ് സംയമന യജ്ഞം എന്ത് യജ്ഞാണ് സംയമനമാകുന്ന യജ്ഞം തരക്കേടില്ല അല്ലെ എന്നാ സ്വാമി ഒരു സംയമന യജ്ഞം നടത്തും സംയമന യജ്ഞം ശരിക്കുള്ള പേര് തന്നെയാണ് അന്യം മറ്റു ചിലര് ശബ്ദാധീൻ വിഷയാൻ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വദീൻ ഇത് കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും പറയാം രണ്ട് ഇന്ദ്രിയങ്ങളെയും സംയമനമാകുന്ന അഗ്നിയിലാണ് ഹോമിക്കുന്നത് ഇപ്പൊ വേദാന്തത്തിൽ സാധകന് വേണ്ട രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് ക്ഷമ എന്നും ഒന്ന് ദമ എന്നും അപ്പൊ ക്ഷമയാകുന്ന അഗ്നിയിലും ദമയാകുന്ന അഗ്നിയിലും ഇവൻ ഹോമിക്കുന്നു ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ് ദമ എന്ന് പറഞ്ഞാൽ എന്താ ക്ഷമ എന്ന് പറഞ്ഞാൽ മനോനിഗ്രഹ ഇത് ക്ഷമ മനസ്സിന്റെ നിയന്ത്രണം നിയമനം ദമാന്ന് പറഞ്ഞാലോ ബാഹ്യേന്ദ്രിയ നിഗ്രഹ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ തോന്നിയ വഴിക്ക് പോകാൻ അനുവദിക്കാതിരിക്കുക ചിലപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ കറക്കുന്നത് കാണാം കൈ താഴെയാണ് പ്രഭാഷണം എന്നുണ്ടെങ്കിൽ വായലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യാൻ തുടങ്ങാം അവർ ഈ ചെറുപയരലെടുക്കും മറ്റേ അതിൻ്റെ പുല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ടിട്ടിങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങാതെ എങ്ങനെങ്കിലും അതിനെ നീക്കി നീക്കി നീക്കി ഈ വിരല അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും പായയുടെ ഉള്ളിലേക്ക് കയറ്റും പ്രഭാഷണം വളരെ ശ്രദ്ധാപൂർവം കേട്ടിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഇതിനെ ഇങ്ങനെ ചൂണ്ട പോലെ ഇങ്ങോട്ടാക്കി ഒരു വള്ളി എന്നിട്ട് അതിനെ ഈ കയ്യിലിങ്ങനെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ സ്പ്രിംഗ് ആക്കി സ്പ്രിംഗ് ആക്കി സ്പ്രിംഗ് ആക്കി ഇട്ടിട്ട് പിന്നെ അടുത്തത് ഇത് ബാഹ്യമായ ഇന്ദ്രിയത്തിൽ യാതൊരു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 ദമാന്ന് പറഞ്ഞാലോ ബാഹ്യേന്ദ്രിയ നിഗ്രഹ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ തോന്നിയ വഴിക്ക് പോവാൻ അനുവദിക്കാതിരിക്കുക ചിലപ്പോ കണ്ടിട്ടില്ല ഇങ്ങനെ കറക്കുന്നത് കാണാം കൈ താഴെയാണ് പ്രഭാഷണം എന്നുണ്ടെങ്കിൽ പായലാണ് അവരെന്താ ചെയ്യാൻ തുടങ്ങുക അവർ ഈ ചെറുപയരൽ എടുക്കും എന്നിട്ട് അതിൻ്റെ പുല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ടിട്ടിങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങാതെ എങ്ങനെങ്കിലും അതിനെ നീക്കി നീക്കി നീക്കി ഈ വിരലതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും പായയുടെ ഉള്ളിലേക്ക് കയറ്റും പ്രഭാഷണം വളരെ ശ്രദ്ധാപൂർവം കേട്ടോണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഇതിനെ ഇങ്ങനെ ഈ ചൂണ്ട പോലെ ഇങ്ങോട്ടാക്കി ഒരു വള്ളിയെ ഇങ്ങോട്ടും എന്നിട്ട് അതിനെ ഈ കയ്യിലിങ്ങനെ ചുറ്റും ഇങ്ങനെ ചുറ്റി ഇങ്ങനെ സ്പ്രിംഗ് ആക്കി സ്പ്രിംഗ് ആക്കി സ്പ്രിംഗ് ആക്കി അതവിടെ ഇട്ടിട്ട് പിന്നെ അടുത്തത് ഇത് ബാഹ്യമായ ഇന്ദ്രിയത്തിൽ യാതൊരു ചില ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോ രസമായിരിക്കും അവരെ നിങ്ങൾ വേണമെങ്കിൽ നോക്കിയാൽ മതി ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചെറിയ ചെറിയ ചേഷ്ടകളൊക്കെ ഉണ്ടാകാം അങ്ങനെയാ ഇപ്പൊ ബാഹ്യമായ ഇന്ദ്രിയങ്ങളിൽ നിയന്ത്രണം ബാഹ്യേന്ദ്രിയ നിഗ്രഹ അതുപോലെ മനോനിഗ്രഹ മനസ്സിൻ്റെ നിയന്ത്രണം രണ്ടും ഇത് രണ്ടും അഗ്നിയാണ് സംയമനമാകുന്ന അഗ്നിയാണ് അങ്ങനെ ഈ സംയമനാഗ്നിൽ ഇതിങ്ങനെ ഹോമിക്കുന്നു എത്ര ഈ സംയമനമാകുന്ന അഗ്നിയിൽ ഹോമിച്ചുകൊണ്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും പരസ്യം കണ്ടോളൂ കുഴപ്പമില്ല ഈ സംയമനാഗ്നി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ വന്ന് ഓരോരുത്തരിങ്ങനെ കോളിംഗ് ബെല്ലടിച്ചിട്ട് ചേട്ടും പറഞ്ഞിട്ട് വലിയൊരു ബാഗുണ്ട് അതും കണ്ട് ഒരു സാധനം വേണ്ട അവിടെ അല്ല ജസ്റ്റ് ഒന്ന് കാണാൻ എനിക്ക് കാണുകയോ വേണ്ട അതെ ഇവിടെ മേടിച്ചത് എന്നെ കേടു എന്താ മേടിച്ചത് പറയൂ ഞാൻ മാറ്റി തരാലോ നിങ്ങൾ മാറ്റുക ആരോ മാറ്റും അത് കൊണ്ടുവരും നോക്കട്ടെ അപ്പൊ നമ്മളെന്തായി ചൂണ്ടയിൽ വീണു വീണു കഴിഞ്ഞു അത് പോയി എടുത്തു കൊണ്ടുവരും എന്നിട്ട് കാണിക്കും അപ്പൊ ഇയാൾ തുറക്കും എന്നിട്ട് ഇത് കാണിക്കും എന്നിട്ട് മേടിക്കുക വേറൊരു എണ്ണം കൂടെ മേടിക്കും ഇത് രണ്ടും കൂടെ കൊണ്ടുപോയി അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്നത് അപ്പൊ സംയമനമാകുന്ന അഗ്നി ഉണ്ടെങ്കിൽ ബാഗം തുറക്കണ്ട ഒന്നും വേണ്ട ലോട്ടറി ചേട്ടാ ഏ ഞാൻ എടുക്കാറില്ല എന്തെങ്കിലും സംസാരിച്ചോ കുടുങ്ങി ചേട്ടാ വന്നു അല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ ഏ ഇതെടുത്തെടുത്ത് എനിക്ക് മതിയായതാ അടിക്കില്ല എന്നല്ല ചേട്ടൻ അടിക്കുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ചേട്ടൻ എങ്ങോട്ടാ പോകണം ചേട്ടൻ കാശിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കാശിൻ്റെ ആവശ്യം ആർക്കാണോ ചേട്ടാ എന്തിനൊക്കെ പത്ത് രൂപ ഒന്നും എടുത്തു പോക്കറ്റിൽ ചോദിച്ചു എല്ലാ കാര്യത്തിലും സംയമനമില്ലെങ്കിൽ പോകുമെന്ന് പറയാം കാഴ്ചയിലും കേൾവിയിലും എല്ലാം എന്ത് വേണം സംയമനമാകുന്ന അഗ്നിയിൽ അതിനെ ഹോമിക്കണം അപ്പൊ ചിലർ എന്ത് ചെയ്യുന്നു ചിലർ യജ്ഞം ചെയ്യുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടികയും എന്താ പിന്നെ കുറേ പ്ലാവിന്റെ വിറകും പിന്നെ നെയ്യും സ്രുവവും ഒന്നും വേണ്ട നിങ്ങളുടെ സ്രുവം എന്താണ് അറിവ് തന്നെയാണ് സ്രുവം ആ അറിവാകുന്ന സ്രുവം കൊണ്ട് എടുക്കണു എന്നിട്ടോ സംയമനമാകുന്ന അഗ്നിയിലേക്ക് ഹോമിച്ചു കൊടുക്കുന്നു അനന്തര ഫലം ശാന്തി ഇതില്ലെങ്കിലോ അശാന്തി രണ്ട് പ്രകാരത്തിൽ അവർ ഒന്ന് സംയമന യജ്ഞം ഒന്ന് വിഷയാനുഭവ യജ്ഞം തന്നെയാണ് വിഷയത്തെ അനുഭവിക്കുന്നു യജ്ഞമാക്കിക്കൊണ്ട് വിഷയത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല പക്ഷേ വിഷയങ്ങളെ അനുഭവിക്കുന്നു ഒപ്പം അത് യജ്ഞമാണ് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നു അത് യജ്ഞം ഇങ്ങനെ യജ്ഞം തുടർന്ന് സർവാണീന്ദ്രി കമാണിർമാണി ചാരെ ആത്മസംയോഹി സർവാണി ഇന്ദ്രികർമാണി പ്രാണകർമാണി ച അപരെ ആത്മസംയമോനൗ ജുഹതി ജ്ഞാനദീപിത്തെ വേറെ ചിലർ ഹോമിക്കുന്നു എങ്ങനെയാ അവർ ഹോമിക്കുന്നത് അപരേ മറ്റു ചിലർ സർവാണി ഇന്ദ്രിയ കർമാണി എല്ലാ പ്രകാരത്തിലുള്ള ഇന്ദ്രിയ വ്യാപാരങ്ങളെയും ഇന്ദ്രിയ കർമ്മങ്ങളെയും മനസ്സിന്റെ ചിന്ത ഉൾപ്പെടെ മനസ്സൊരു ഇന്ദ്രിയമായിട്ട് ചിന്തകൾ കർമ്മങ്ങളാണ് കർമ്മത്തിന്റെ സൂക്ഷ്മ തലത്തിലേക്ക് പോകുമ്പോ വെറുതെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുന്നത് കർമ്മമാണ് സർവാണി ഇന്ദ്രിയ കർമാണി അതുപോലെ തന്നെ പ്രാണകർമാണിച്ച പ്രാണന്റെ കർമ്മങ്ങൾ പ്രാണന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് പ്രാണൻ എന്ന് പ്രധാന പ്രാണന്മാര് പഞ്ചപ്രാണന്മാര് പ്രാണ അപാന വ്യാന ഉദാന സമാന ഈ പ്രാണന്മാർക്ക് ഉപപ്രാണന്മാരുണ്ട് കൂർമ്മൻ നൃഗൻ ദേവദത്തൻ ധനഞ്ജയൻ പിന്നെന്താ കൃകലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഉപപ്രാണന്മാർ ഇവർക്കൊക്കെ ഓരോരോ ജോലിയുണ്ട് എന്തൊക്കെയാ ജോലി പ്രധാന പ്രാണന് പ്രാണന് പുറത്തേക്കും അകത്തേക്കും കൊണ്ടുപോവുക പിന്നെ അപാനൻ ദഹിച്ച സമമായിട്ട് ഓരോ സ്ഥലത്തെത്തി അപാനനല്ല സമാനൻ അപാനൻ എന്താ പുറത്തേക്ക് വിസർജനാതി പ്രക്രിയകളെയൊക്കെ ചെയ്യുക ഇങ്ങനെ എന്താ ശരീരത്തിന് കുറുകെ പോകുന്ന വ്യാനിന്റെ പ്രവൃത്തി ഇതൊക്കെ തത്വബോധത്തിലൊക്കെ ഇതിനെ വിസ്തരിക്കുന്നുണ്ട് തത്വബോധത്തിലും അതുപോലെ ശങ്കരാചാര്യ സ്വാമികളുടെ പ്രകടന ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ഇത് ഈ ഉപപ്രാണന്മാര് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നവരാ എക്കിട്ട ഇടുന്നത് എന്ന് പറയില്ലേ അത് ഒരു പ്രാണനാണ് കണ്ണ് ചിമ്മുന്നത് ഒരു പ്രാണനാണ് ഒരു പ്രാണന്റെ ഒരു ചെറിയ ചിന്ന പ്രാണന്റെ ജോലിയാ കണ്ണ് ചിമ്മ വിയർക്ക എന്നുള്ളത് ഒരു പ്രാണന്റെ ഇതാണ് തുമ്മലൊരു പ്രാണൻ്റെതാണ് അപ്പൊ ഈ അഞ്ച് ഉപപ്രാണന്മാരും ആ പ്രാണപ്രവർത്തനങ്ങളും പ്രധാന പ്രാണന്റെ പ്രവർത്തനങ്ങളും ഈ പ്രാണകർമ്മങ്ങളെല്ലാം പ്രാണകർമാണിച്ച് പ്രാണ കർമ്മങ്ങളും ജ്ഞാനദീപിതെ എന്ന് പറഞ്ഞാൽ ജ്ഞാന അറിവ് പ്രകാശിതമായിട്ടുള്ള ആത്മസംയമ സംയമ യോഗാഗ്നവും ആത്മ സംയമമാകുന്ന യോഗമാകുന്ന അഗ്നിയിൽ യോഗം എന്ന് പറഞ്ഞ ചേർച്ച ആ അഗ്നിയിൽ ജുഹതി ഹോമിക്കുന്നു ഇവിടെയും ആത്മസംയമനമാണ് എന്ന് പറയുക ആ അഗ്നിയിലാണ് അവർ ഹോമിക്കുന്നത് ഏതിനെയൊക്കെ പ്രാണകർമ്മങ്ങളെയും പിന്നെ ഇന്ദ്രിയ കർമ്മങ്ങളെയും സർവാണി ഇന്ദ്രിയാണി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം പെട്ടു എന്നാലും ഭഗവാൻ വിസ്തരിച്ച് പറയുക അപ്പം ഇങ്ങനെ നമ്മൾ ഹോമിക്കേണ്ടവരാണ് അപ്പോഴാണ് നമ്മൾ എന്താവുന്നത് ഇതാണ് ഭഗവാൻ ഇരിക്കുന്നത് ഉള്ളിലാണേ ഇതുവരെ ഇപ്പൊ നമുക്ക് അഡ്രസ് മാറിയിട്ടുണ്ട് ഭഗവാന്റെ എവിടെയാണ് ഭഗവാന്റെ സങ്കേതമൊന്നും പിടികിട്ടിയിട്ടില്ല നമ്മൾ പുറത്തു പോയിട്ട് അവിടെയൊക്കെ ഹോമിക്കാൻ ശ്രമം നടത്തുക ആദ്യവിടെ ഹോമിക്കണം അതുകൊണ്ടാ ഒരിക്കലും ഒരു ഒരു വിഷക്കാരൻ ക്ഷേത്രത്തിന്റെ മുന്നിൽ പോയിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഭഗവാൻ്റെ നാമത്തിൽ എന്തെങ്കിലും തരണേ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും കണ്ണ് കാണാത്തവനാണ് വിശക്കുന്നവനാണ് വിശപ്പിന് അരിക്ക് വേണ്ടി എന്തെങ്കിലും തരണേ എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞു ആദ്യമായിട്ട് ഭിക്ഷയ്ക്ക് ഇറങ്ങിയതുമാണ് ഒന്നും കിട്ടിയില്ല എന്ന് പറയാം ആരും എന്തോ എന്തോ ഒരു ഇരുപത്തഞ്ച് പൈസ കൊടുത്തു നോക്കുന്ന സമയത്ത് കാണുന്ന തന്നെ ഇല്ല അത് എത്രയാണ് എത്രയാണ് നിരാശനായിട്ട് കള്ളുഷാപ്പിൻ്റെ മുന്നിൽ പോയി അവിടെ പോയി നിന്നിട്ട് പ്രാർത്ഥിച്ചു ഭഗവാനെ എന്തെങ്കിലും തരണേന്ന് ഈ കൂട്ടിച്ചിറങ്ങുന്നവരോടെ അപ്പൊ നാലഞ്ചു പേര് നോട്ടൊക്കെ പത്തും അഞ്ചും ഇരുപതും ഒക്കെ നന്നായി വന്നു പറഞ്ഞിട്ട് ഞാനും ഇങ്ങനെ നീയെങ്കിലും നന്നാവു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു അപ്പൊ അത്ഭുതപ്പെട്ടു അവര് പറയാം ഓ അങ്ങയുടെ ഒരു എന്താ പറയുക അങ്ങയുടെ ഒരു ലീലാ വിലാസേ ഒരു അഡ്രസ് വന്നിട്ട് വേറൊരു സ്ഥലത്ത് പോയി ഇരിക്കുക ഇതേതായാലും തിരക്ക് കിട്ടില്ല എന്ന് പറയാം മനസ്സിലായില്ല അഡ്രസ് വന്നെടുത്ത് അങ് എന്നിട്ട് ഇരിക്കുന്നത് വേറൊരു അടുത്താണ് അവനെ സംബന്ധിച്ച് ഫലം കിട്ടുന്നത് ഷാപ്പിലാണ് അപ്പൊ ഇവിടെയാണ് ഫലം ഇരിക്കുന്നത് ഇവിടെയാണ് ഹോമാദികൾ നടക്കേണ്ടത് ഏതൊരു അഗ്നിയിലേക്കാണോ ഹവിസ് സമർപ്പ ഈ ഹവിസ് ആകുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികളാകുന്ന ഹോമദ്രവ്യങ്ങളെ എന്തൊരു ഉദാത്തമായ ഭാവനയാണ് നോക്കൂ അത് ഈ ഹോമം നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കതിനെ തന്നെ പിടികിട്ടിയത് ആ ഹോമാഗ്നിയിലേക്ക് വൈവിധ്യമാർന്ന ഹൈസുകളൊക്കെ സമർപ്പിക്കുമ്പോൾ അതിനെങ്ങനെയൊന്ന് കാണുക ഏ ബാഹ്യമായ ഹോമത്തിൽ നിന്ന് മാറി ആന്തരികമായൊരു ഹോമകുണ്ടം തൻ്റെ ഉള്ളിൽ തന്നെ ആ സംയമനമാകുന്ന അഗ്നിയെ താൻ ജ്വലിപ്പിക്കുന്നു ആ അഗ്നിയിലേക്ക് ഈ വിഷയങ്ങളെ മുഴുവൻ സമർപ്പിക്കുക इन वे चलर नोक द्रव्ययोय योगय संशित्रता द्रव्यय स्तपोयजा योगयज् त സ്വാധ്യായ ജ്ഞാനയജ്ഞാ ച യഥയഹ സംശിതവ്രതാഹ അപരെ മറ്റു ചിലർ വീണ്ടും മറ്റു ചിലര് ദ്രവ്യയജ്ഞാഹ ദ്രവ്യങ്ങൾ കൊണ്ട് യജ്ഞം ചെയ്യുന്നവരാ ദ്രവ്യം എന്ന് പറഞ്ഞാൽ ധനം പറയാം ദ്രവ്യം അപ്പം എന്താ ദ്രവ്യയജ്ഞം എന്ന് പറഞ്ഞാല് ദീനരക്ഷണത്തിനായിട്ട് ദീനജനങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ചിലർ ധനം എന്താ സഹായിക്കും ധനം കൊടുക്കും അതൊരു യജ്ഞമാണ് അവർ ചെയ്യുന്ന യജ്ഞം അപ്പൊ ഇതൊക്കെ ഭഗവാൻ പറയുമ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊടുക്കും നന്ന അത് അറിഞ്ഞിട്ട് വേണം കൊടുക്കാൻ എല്ലാവർക്കും തോന്നിയതുപോലെ കൊടുക്കലല്ല എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും കൊടുക്കുന്നത് പേടിച്ചു കൊടുക്കുന്നതാ ഈ രാഷ്ട്രീയക്കാരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ സന്തോഷമായിട്ട് കൊടുക്കുന്ന അല്ല എലക്ഷനൊക്കെ വരുമ്പോൾ ചോദിക്കല്ലോ ഈ ബിസിനസ്സൊക്കെ നടത്തുന്നവര് എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നത് നാളെ കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ ഭയപ്പെട്ട് കൊടുക്കും പിന്നെ ചില പിരിവുകളൊക്കെ അങ്ങനെയാണ് വട്ടിപ്പിരി എന്താ അതിനോരോ പിരിവിനെ ഒരു ശൈലിയൊക്കെ ഉണ്ട് ഇതൊന്നുമല്ലാതെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം അതെന്താണ് ദ്രവ്യയജ്ഞമാണ് അവരുടെ അടുത്ത് കുറേ ധനമുണ്ട് ആ ധനം അവരെന്ത് ചെയ്യുന്നു ആ ഒരു ഓരോരോ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യും ദാനം ചെയ്യും അങ്ങനെ ചിലർ ദാന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു ചില തപോയ അപരേ തപോയജ്ഞാഹ മറ്റു ചിലർ തപശ്ചര്യയിലേർപ്പെടും തപിപ്പിക്കാന്ന് പറഞ്ഞാൽ ചൂട് പിടിപ്പിക്കാം ചൂടാക്കാന്ന് പറഞ്ഞാൽ താൻ ചൂടാവുകയല്ല പിന്നെയോ സ്വരൂപത്തെ അറിയ അതിലൂടെ തന്റെ തപം ലോകത്തിന് അനുഗ്രഹമായി മാറുക രാമകൃഷ്ണദേവൻ തപസ്സ് ചെയ്തതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികളെ പോലൊരാൾ ജാതമായത് അതിൽ തപോന സ്വാമികൾ അങ്ങനെ ഒരുപാട് പേർ അവർ അവിടെ തപം ചെയ്തത് നമുക്കതിൻ്റെ ഗുണം ഉണ്ടാവുമെന്ന് പറയും അങ്ങനെ സ്വയം തപശ്ചര്യയിലേർപ്പെടുന്ന ചിലർ അവരെ മറ്റു ചിലരോ യോഗയജ്ഞാഹ യോഗത്തെ യജ്ഞമാക്കിയിട്ടുള്ളവർ യോഗം പറഞ്ഞാൽ നമുക്ക് ഹടയോഗം മുതലായിട്ടുള്ള യോഗങ്ങളും ഈ പട്ടികയിൽപ്പെടുത്താവുന്നതാണ് അവരാ യോഗം തന്നെയാണ് അവരുടെ യജ്ഞം ചിലരങ്ങനെ അതിൻ്റെ അതിനുവേണ്ടി അവരുടെ ജീവിതം സമർപ്പിക്കുന്നു ചില ഇപ്പോൾ ഇന്നത്തെ ഭാഷയിൽ ഇതൊക്കെ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സൈ സയൻറ്റിസ്റ്റുകളുണ്ടാവും ഇല്ലേ ശാസ്ത്രകാരന്മാർ എല്ലാവരും ഒന്നും നോബൽ സമ്മാനത്തിന് വേണ്ടി മാത്രം പണിയെടുക്കുന്നവരല്ല ഉണ്ട് അതിൽ ചില കേസുകളൊക്കെ വെറും ഒരു നോബൽ സമ്മാനമായിരിക്കും മുന്നിൽ ലക്ഷ്യം എല്ലാവരും അങ്ങനെയല്ല അവർ സമൂഹത്തിൻ്റെ പല പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി എയ്ഡ്സിന് വേണ്ടി ഒരു എന്താ മരുന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എത്രയോ പേർ അതിനു വേണ്ടി ചെയ്യുന്നുണ്ട് അതൊരു തപസ്സാണ് അവർ അഹോരാത്രം അതിനുവേണ്ടി അങ്ങനെ പ്രയത്നിക്കുന്നു അപ്പൊ ചിലർ ചില കാര്യങ്ങൾ തെളിയിച്ചെടുക്കാൻ വേണ്ടി അവരാ ഒരു കാര്യത്തിൽ മാത്രം വ്യാപൃതരായിക്കൊണ്ടിരിക്കും അതൊരു യജ്ഞമാണ് ലോകത്തിൻ്റെ അനുഗ്രഹത്തിനാണത് പുതിയ പുതിയ പല പല കണ്ടെത്തലുകൾ നടത്തുക അതും ഇതിൽപ്പെടുമെന്ന് പറയാം സമൂഹത്തിൻ്റെ നന്മയ്ക്കാവുമ്പം അതൊക്കെ ഇത്തരത്തിലുള്ളതാണ് ഇങ്ങനെ യോഗയജ്ഞാ ഇതുപോലെ മറ്റു ചിലർ അത് അതുപോലെ തഥാ അപരെ അപ്രകാരം മറ്റു ചിലർ സ്വാധ്യായ യജ്ഞ സ്വാധ്യായ എന്താ യജ്ഞ യജ്ഞായ സ്വാ സ്വ അധ്യയനം എന്നതിലൂടെ സ്വാധ്യായമാകുന്ന യജ്ഞത്തിൽ സ്വാധ്യായ ജ്ഞാനയജ്ഞ സ്വാധ്യായമാകുന്ന ജ്ഞാനയജ്ഞം ഇതിപ്പോൾ ഒരു ജ്ഞാനയജ്ഞമാണ് അപ്പം സ്വാമിയൊക്കെ ചെയ്യുന്ന യജ്ഞം എന്ന് പറഞ്ഞാൽ ജ്ഞാനയജ്ഞമാണ് നമുക്ക് ചെയ്യാനുള്ളത് അറിവിനെ പകർന്നു കൊടുക്കുക ഈ അറിവ് ഈ അറിവിലേക്ക് ഉണരാൻ ആളുകൾക്ക് സഹായകമാകുന്ന രീതിയിൽ അതിന്റെ സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച ജോലി നമുക്കിപ്പോ ദ്രവ്യയജ്ഞം നടത്താൻ പറ്റുമോ ഇല്ല ദ്രവ്യം മേടിക്കാനേ പറ്റൂ അതുകൊണ്ട് യജ്ഞം നടത്താൻ പറ്റില്ല എന്ന് പറയാം ഇതാണ് നമ്മളെ സംബന്ധിക്കുന്നത് അപ്പൊ നിങ്ങളെ സംബന്ധിക്കുന്നത് ഏതാണെന്ന് നിങ്ങൾ തെരഞ്ഞെടുക്കണം ഇതിലെല്ലാം നമുക്ക് പറ്റുന്നത് ഉണ്ടാവും ചിലപ്പോ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ കുറച്ച് ദ്രവ്യയജ്ഞം കുറച്ച് സ്വാധ്യായ ജ്ഞാന യജ്ഞം യജ്ഞാച്ച ഇത് യഥയഹ ഇങ്ങനെ യഥയഹ ഭഗവാൻ പറയുന്നു ഇവരൊക്കെ ആരാണ് യത്നിക്കുന്നവരാണ് യഥയഹ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുന്നവരാണ് ഏതെങ്കിലും പ്രകാരത്തിൽ ഇവർ പരിശ്രമിക്കുന്നു നിരന്തരം ഇവരൊക്കെ ആരാണ് സംശിതവ്രതാഹ സംശിതവ്രതന്മാർ എന്ന് പറഞ്ഞാൽ കാഠിന്യമാർന്ന കാഠിന്യം എന്ന് പറഞ്ഞാൽ എന്താ അനുഷ്ഠിക്കാൻ പ്രയാസമാണെങ്കിലും അവരതിനെ അനുഷ്ഠിക്കും ആ അനുഷ്ഠാനത്തിൽ ചിലപ്പം ഒരു സുഖമൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ഫലം എന്താ ആത്യന്തികമായിട്ടുള്ള ഫലം ശാന്തിയായിരിക്കും പക്ഷെ അനുഷ്ഠാനത്തിൽ അത് കിട്ടിക്കൊള്ളണം എന്നില്ല അത് കഷായം കുടിക്കുന്നത് കഷായം കുടിച്ചാൽ അനന്തര ബലം എന്താണ് സുഖമാണ് ഐസ്ക്രീം കഴിക്കുമ്പോൾ സുഖമാണ് പക്ഷെ അനന്തരം അതുകൊണ്ട് അതിനങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും സ്വാമി പറഞ്ഞൂന്നേ ഉള്ളൂ പക്ഷെ കൂടുതലായാൽ അപ്പോ സ്വീറ്റ് കഴിച്ചാൽ എന്താണ് ഒരാൾ ചോദിച്ചു ഈ സ്വീറ്റ് അധികമായ എന്താ കുഴപ്പം ബസ് കയറിയ സീറ്റ് അധികം വേണ്ടി വരുന്നതാണ് അതുപോലെ ചിലർ യതയഹ സംശിത പ്രതാഹ ഇവരൊക്കെ തന്നെ ആരാണ് വ്രതം ഉള്ളവരാണ് കഠിന വ്രതത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് തീക്ഷ്ണ വ്രതം തീക്ഷ്ണതയുള്ളവരാണ് തുടർന്നു അപാനേ ജുഹതി പ്രാണം പാനം തഥാപരേ രുമപരായ അപാനേ ജുഹതി പ്രാണം പ്രാണേ അപാനം തഥാ അപരേ പ്രാണാപാനഗതിരുദ്വ പ്രാണായാമ പരായണാഹ ഇനി അവരെ ചിലർ എന്താ ചെയ്യുന്നത് പ്രാണായാമ പരായണാഹ പ്രാണായാമത്തിൽ തത്പരരായിട്ടുള്ള അവർ അവർ പ്രാണായാമത്തിലൂടെ ഇപ്പൊ സിദ്ധവേദം എന്നൊക്കെ പറഞ്ഞിട്ട് സിദ്ധ അവരോരോരോ സമ്പ്രദായമുണ്ട് അവരെന്താണ് പ്രാണനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പൊ പ്രാണനെ അടക്കുന്നതിലൂടെ പ്രാണന് വേണ്ടിയിട്ട് പ്രാണനാണ് പ്രധാനി അപ്പൊ അവരെ സംബന്ധിച്ചെന്താ പ്രാണനാണ് എല്ലാം പ്രാണന്റെ കുഴപ്പമാണ് എല്ലാറ്റിനും കുഴപ്പം അപ്പൊ പ്രാണായാമം ശരിയായാൽ നിങ്ങൾക്കെല്ലാ രോഗത്തിൽ നിന്നും വിടുതൽ അതുകൊണ്ട് അവര് പ്രാണായാമത്തെക്കുറിച്ചൊക്കെ പറയും അങ്ങനെ പ്രാണായാമത്തിലൂടെ പ്രാണായാമ പരായണാഹ അപരെ പ്രാണാപാന ഗതി രുദ്വ പ്രാണാപാനന്മാരുടെ ഗതിയെ നിയന്ത്രിച്ച് തടഞ്ഞിട്ട് രുദ്വാൻ പറഞ്ഞാൽ തടഞ്ഞിട്ട് എന്നാണ് അതിനെ തടഞ്ഞു നിർത്തിയിട്ട് അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ അഭ്യസിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഹൃദയം എങ്ങനെ ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവര് ആദ്യം തന്നെ ഈ ടി വന്നു പ്രാണായാമം എന്ന വലിച്ചോളം പറഞ്ഞു അതോടുകൂടി കഴിയും വലിയ അപ്പൊ നോക്കണം ഈ ടി രാവിലെ കണ്ടിട്ട് നിങ്ങൾ എല്ലാം അനുകരിക്കാൻ നിൽക്കരുത് കുഴപ്പങ്ങൾ ഉണ്ടാക്കും അതെ അവർ ഈ പത്മാസനത്തിൽ ഇരുന്നിട്ട് കാലെടുത്ത് വെക്കാൻ പറഞ്ഞു പിന്നെ ഇതെല്ലാം കൂടെ പണച്ചു വെക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ അടുത്ത ആഴ്ച ഇനി ഇത് അവസാനം വിളിക്കുകയാണ് ഇതൊന്ന് എങ്ങനെയെങ്കിലും പ്രാണായാമം എന്ന് പറഞ്ഞാല് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതിന് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് പൂരകം രണ്ട് കുംഭകം മൂന്ന് രേചകം പൂരകം എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുക പ്രാണനെ പൂരിപ്പിക്കുക കഴിയുന്നത്ര സാവകാശം ഒരു എന്താ പറയാ വലിച്ചിലും പാടില്ല അപ്പോൾ ഇത് അങ്ങനെയല്ല ഇങ്ങനെ പ്രാണനെ ചിലരെടുക്കുമ്പോ അങ്ങനെ ഒരു ഇളക്കുണ്ടാവും ഒരു ഇളക്കവും വേണ്ട അങ്ങനെ ഇളകാനേ പാടില്ല നമ്മൾ അറിയേ പോലും ചെയ്യരുത് ചിലർക്ക് അങ്ങനെയാണ് ഈ ഇത് എടുക്കുമ്പോൾ ചന്ദനത്തിനൊക്കെ നേരെ മുന്നിൽ തന്നെ കത്തിച്ചു അങ്ങനത്തെ യാതൊരു സാധനവും പാടില്ല ശുദ്ധമായ വായു നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അയഞ്ഞ വസ്ത്രങ്ങളൊക്കെ വേണം ആറാം അധ്യായത്തിൽ അതൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് സ്വാമി ധ്യാനം നമുക്ക് പരിശീലിക്കാം കുറച്ച് അപ്പൊ പ്രാണനെ എന്താ ശുദ്ധമായ പ്രാണനെ ആയിരിക്കണം അതിങ്ങനെ സ്പ്രേ ഒക്കെ അടിച്ചു വെച്ച് അതിനെങ്ങനെ അടിച്ചു കയറ്റാനൊന്നും പാടില്ല ആസ്മാതി രോഗങ്ങളൊക്കെ ഉണ്ടാവും ആസ്മാ മുതലായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ സാധ്യതയുള്ളതാ പിന്നെ വല്ലാതെ ജലദോഷവും കഭമൊക്കെ നിറഞ്ഞു നിൽക്കുമ്പം വല്ലാതെ ശക്തി കൊടുത്ത് എന്ന് വലിക്കരുത് ബലം ചുരുക്കി പറഞ്ഞാൽ ബലം കൊടുക്കാനേ പാടില്ല വളരെ സാവകാശം പോയിക്കഴിഞ്ഞാൽ അതിനെ നിർത്ത് തടഞ്ഞു നിർത്തുന്നതിനെയാണ് കുംഭകം എന്ന് പറയാ കുംഭം ഈ എടുത്ത ഒന്ന് കത്തിക്കുക നമ്മുടെ പ്രാണ അറകള് ശ്വാസ അറകള് പ്രാണ എല്ലാ അറകളും തുറക്കും പ്രാണനങ്ങട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അത്ര തുറക്കാറില്ല ഇപ്പൊ വളരെ കുറച്ച് വിശ്വസിക്ക ഇപ്പൊ ഇങ്ങനെ ഇതിൽ ഇതിലെ പോയി ഇതിലേ വരുന്ന ഉള്ളിലേക്കൊന്നും കയറുന്നില്ല ഇപ്പൊ ഒരു വീടിന് പത്തിരുപത്തഞ്ച് മുറി ഉണ്ട് ഇരിക്കട്ടെ ഒരു പത്ത് മുറി ഉണ്ട് അതിൽ നാല് മുറിയുള്ള ആളുകൾ താമസിക്കുന്നുള്ളൂ ബാക്കി പന്ത്രണ്ട് മുറി അടച്ചിട്ടിരിക്കുക അതങ്ങനെ അടഞ്ഞു കിടക്കുക പെട്ടെന്നാണ് ആളുകൾ വന്നിട്ട് ആ മുറി ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പോൾ അതിലേക്ക് കയറാൻ പറ്റും ആർക്കെങ്കിലും പറ്റില്ല ദിവസവും തുറന്ന് തുടച്ച് അടിച്ചു തുടച്ചു വെക്കുകയാണെങ്കിലോ എപ്പോ വേണമെങ്കിലും താമസിക്കാം നമ്മുടെ പ്രാണ അറകളെ മുഴുവൻ തുറന്ന് അടച്ചു വയ്ക്കണം രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ട് ഈ ഈ കയറ്റം തന്നെ ഈ സ്റ്റെപ്പ് കയറുമ്പോൾ കാരണം കുറച്ചധികം ശരീരം എടുത്ത സമയത്തേക്കും കൂടുതൽ പ്രാണൻ വേണ്ടി വരുന്നു അപ്പം കുറച്ച് സമയം പ്രാണായാമം പരിശീലിക്കുന്നത് നല്ലതാണ് അതിപ്പോ നിങ്ങൾ കാശൊന്നും കൊടുത്ത് പരിശീലിക്കണമെന്നില്ല വീട്ടിൽ തന്നെ ഇരുന്ന് കഴിയുന്നത്ര പ്രാണനെ സാവകാശം ഉള്ളിലേക്ക് പൂരിപ്പിച്ച് ആ പ്രാണനെ എത്ര തടഞ്ഞു നിർത്താമോ വല്ലാതെ ബുദ്ധിമുട്ടിങ്ങനെ ഞാൻ കുറേ നിർത്തും നിർത്തും എന്ന് പറഞ്ഞ് സമയം ഇങ്ങനെ നോക്കി അഞ്ച് മിനിറ്റ് ഒന്നും നിങ്ങളാരോടും ഒരു മത്സരം നടത്താതിരിക്കും പണ്ട് ചെറുപ്പം മുതലേ നമ്മളെ എല്ലാറ്റിലും അമ്മയും അച്ഛനും ടീച്ചറും മത്സരിപ്പിച്ച് മത്സരിപ്പിച്ച് ഇവിടെ വന്നിട്ട് ഒരു മത്സരമാണ് ഗീത ഉണ്ടല്ലോ ഞാൻ ആദ്യം പഠിക്കും അതുകൊണ്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അതിനൊരു മത്സരവും വേണ്ട അപ്പൊ കഴിയുന്നത്ര പൂരിപ്പിച്ച് അതിനെത്ര സമയം നിർത്താമോ അതിനൊരു കണക്കൊക്കെ ഉണ്ട് എണ്ണമൊക്കെ ഉണ്ട് ആ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കുഴപ്പവും നിങ്ങൾ പിന്നെ എണ്ണം തുടങ്ങും നിർത്തി പിന്നെ സാവകാശം വേണം പുറത്തേക്ക് വിടാൻ ചിലരങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂടെ അതോടുകൂടി അയാളുടെ കാറ്റങ്ങോട്ട് പോവും ഒന്നും അറിയൽ ഒരാള് പുറത്തുനിന്ന് നോക്കിയാല് ഇയാളുടെ പ്രാണനുള്ളിലേക്ക് പോയോ പ്രാണൻ പുറത്തേക്ക് വന്നോ ഒന്നും അറിയാൻ പാടില്ല ഇനിയിപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ആളെ നിർത്തും വേണ്ട എടാ നീ നോക്കണം കേട്ടോ ശരിയാണോ എന്ന് അച്ഛൻ ചെയ്യുന്നത് നിങ്ങളൊന്നിലും പോയി വിഴരുത് അതാണ് സ്വാമിയുടെ ഉദ്ദേശം നിങ്ങൾ തന്നെ അറിയണം ഇതെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യണം ഞാൻ അങ്ങനെ മസിൽ അധികം മസിലൊന്നും കൊടുക്കുന്നില്ല ഇങ്ങനെ പ്രാണായാമത്തെ പൂരിപ്പിച്ച് അതിനെ കുംഭമാക്കി രചകം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് സാവകാശം വിടുക സാവകാശം അതിനെ പിന്നെ മന്ത്രത്തോടൊപ്പം പൂരിപ്പിക്കലുണ്ട് മന്ത്രത്തോടൊപ്പം പുറത്തേക്ക് വിടലുണ്ട് ഇത്ര ഒരു മന്ത്രത്തോടൊപ്പം ഗായത്രി ഇത്ര ഒരു ഗായത്രിയെ ഉള്ളിലേക്ക് കയറ്റി അപ്പൊ ഇത്ര ഗായത്രിയെ പുറത്തേക്ക് പിന്നെ പ്രണവത്തോട് ഓങ്കാരം മാത്രം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാമം അങ്ങനെ പല വിദ്യകളും അതൊക്കെ നമുക്ക് മുൻപിലേക്ക് നോക്കാം മനസ്സിലാക്കാൻ ശ്രമിക്കാം അങ്ങനെ പ്രാണാപാന ഗതി രുദ്വ പ്രാണ ഈ പ്രാണാപാനന്റെ ഗതിയെ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങൾക്ക് പല വേലകളും ചെയ്യാം ഈ ക്രിസ്തുദേവൻ കടലിൻ്റെ മുകളിൽ നടന്നു എന്ന് പറയുന്നത് എന്താ കടലിന്റെ അതായത് ജലത്തിൻ്റെ മുകളിൽ നടക്കാൻ പറ്റുന്നത് ഈ പ്രാണന്റെ ഗതിയെയാണ് അപ്പൊ അവിടെ ഇരിക്കാം കിടക്കാം കിടക്കുന്നതിനൊക്കെ ഒരു ദിവസത്തെ പരിശീലനം ആവശ്യമുള്ളൂ ഒറ്റ ദിവസത്തെ പരിശീലനം ഈ സ്വാമി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി സ്വാമി എത്ര വേണമെങ്കിലും കിടക്കും വെള്ളത്തിൻ്റെ മുകളിൽ അതെ വെറുതെ പറയുന്നതല്ല ശരിക്കും ഇത്ര തടിയുള്ള ആള് ഇങ്ങനെ സുഖമായിട്ട് കിടക്കാം എങ്ങനെയാണ് അത് എന്ന് ചോദിച്ചാൽ പ്രാണനെ പൂർണ്ണമായിട്ടുള്ളിലേക്ക് എടുക്കുക ആദ്യം നിങ്ങൾക്ക് ഒരാളുടെ സഹായം വേണം നിങ്ങൾ വേണമെങ്കിൽ കുളമൊക്കെ ഉണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കിക്കോളൂ പ്രാണനിലാണ് എല്ലാ നിയന്ത്രണവും ഇരിക്കുന്നത് ഈ ശരീരത്തിൻ്റെ മുഴുവൻ പ്രാണനെ സാവകാശം എടുത്ത് പ്രാണനെ ഉള്ളിലെടുത്ത് പിടിക്കുക എന്നിട്ട് വെള്ളത്തിൽ മെല്ലെ കിടക്കുക അടിയിൽ നിന്നൊരാളോട് പിടിക്കാൻ മറിയുക പതുക്കെ ഇങ്ങനെ കുറച്ച് ഈ പിറകിലായിട്ട് ഒന്ന് കൈ പതുക്കെ വെക്കുക എന്നിട്ട് പതുക്കെ കൈ താഴ് കൈ എടുക്കുക ആ സമയത്ത് അതിങ്ങനെ ഒരു ബലൂൺ പോലെ ഇങ്ങനെ കിടക്കും പിന്നെ പ്രാണനെ വളരെ എത്രയാണോ പുറത്തേക്ക് വിടുന്നത് അത്ര തന്നെ എടുത്ത് വിട്ട് എടുത്ത് വിട്ട് എടുത്ത് വിട്ട് അതൊരു ഒരു ഒരു നാക്കുണ്ട് അതിൻ്റെ പിന്നെ നമുക്കതിങ്ങനെ എന്താ പറയാ സുഖമായിട്ടിങ്ങനെ കൈയൊക്കെ വെച്ച് അങ്ങനെ കിടക്കാൻ പറ്റും സാധിക്കുന്ന കണ്ടിട്ടില്ലേ പലരും കിടക്കുന്നത് ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമില്ല അത ഏതാൾക്കും അതിപ്പോ ഗായത്രി ചൊല്ലുന്നതിനോ അല്ലെങ്കിൽ മത്സ്യം കഴിക്കുന്നതിനൊന്നും അങ്ങനെ പറ്റില്ല അങ്ങനെയൊന്നും വിചാരിച്ചേക്കരുത് അതിന് ബ്രാഹ്മണനായാലേ പറ്റും ഒന്നുമില്ല ആർക്കേത് പോലും ഇല്ല അങ്ങനെ പറയാൻ പാടില്ല ആർക്കും പറ്റും എന്ന് പറയാം അതേതൊരാൾക്കും സാധിക്കാവുന്നതാണ് അപ്പൊ പ്രാണന്റെ ഗതിയെ തടഞ്ഞുകൊണ്ട് നിരോധിച്ചുകൊണ്ട് തഥാ പ്രാണേ അപാനം ജുഹതി അവരെന്ത് ചെയ്യുന്നു പ്രാണവായുവിനെ പ്രാണവായുവിനെയും അപാനവായുവിനെയും ഹോമിക്കുന്നു ഏതില് പ്രാണനിൽ തന്നെ ഇതിനെല്ലാറ്റിനെയും പ്രാണനിലേക്ക് കേന്ദ്രീകരിപ്പിക്കും പ്രാണന്റെ ഏർ നിയന്ത്രണം വലിയൊരു കാര്യം പ്രാണ പ്രാണനിലൂടെയാണ് നമ്മളെല്ലാം എന്താ ആ മനസ്സിനെ ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് എടുക്കുന്നത് പ്രാണനിലൂടെയാണ് പ്രാണായാമം പരിശീലിക്കുന്നത് നല്ലതാണ് അത് നിങ്ങൾ ഇങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷനുള്ള ജാതിയൊന്നും അതിന് അതിൻ്റെതായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമായിരിക്കാം നിങ്ങൾ അവിടെ പോയിട്ട് നോയിക്കോളൂ ചിലർ അങ്ങനെട്ട് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് വിടുന്ന ചില രീതികളൊക്കെ ഉണ്ട് ഇവിടെ ഭഗവാൻ അങ്ങനത്തെ ഒരു ഉള്ളിലേക്ക് ആഞ്ഞുവലിച്ചോന്നും പുറത്തേക്ക് ആഞ്ഞുവിട്ടോളാനൊന്നും പറയുന്നില്ല സാവകാശമുള്ള ഒരു ഏർപ്പാട് ശരി തുടർന്നു പ്രാണാൻ പ്രാണേഷു ജു യജ്ഞിതൽ അപരെ മറ്റു ചിലർ നിയതാഹാരാ പ്രാണാൻ പ്രാണേഷു ജുഹതി അപ്പി ഏതേ യജ്ഞവിധ യജ്ഞക്ഷിതകൽമഷാ പറയണം അപരെ മറ്റു ചിലർ നിയതാഹാരാ ആഹാരം നിയന്ത്രിച്ച് ആഹാരത്തെ നിയമനം ചെയ്ത് എല്ലാ ആഹാരവും ഉണ്ട് ഈ ഇന്ദ്രിയ വിഷയങ്ങളും അതുപോലെ കഴിക്കുന്നപ്പാട്ടിലുമൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ട് പ്രാണാൻ പ്രാണേഷു ജുഹതി പ്രാണശക്തികളെ പ്രാണനിൽ പ്രഥമപ്രാണനിൽ ഹോമിക്കുന്നു ഉപപ്രാണന്മാരെ പ്രധാന പ്രാണനിൽ ഹോമിക്കുന്നു ഈ പ്രാണായാമ കല അഭ്യസിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്കത് അതിൻ്റേതായിട്ടുള്ള എന്താ ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് നിങ്ങളത് പരിശീലിച്ചു കഴിഞ്ഞാൽ ഈ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും എന്ന് പറയും പിന്നെ മാത്രമല്ല നമുക്ക് ഇപ്പൊ കുട്ടികൾക്ക് കുട്ടികളൊക്കെ ചോദിക്കും നമുക്ക് തന്നെ ഒന്ന് ഒരു പത്ത് പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഉറക്കം വരികയാണെങ്കിൽ തന്നെ ഒന്ന് ഇരുന്ന് പ്രാണനെ ഒരു അഞ്ചു പ്രാവശ്യം പ്രാണനെ ഉള്ളിലേക്ക് കഴിയുന്നത്ര എടുത്ത് സാവകാശം പുറത്ത് വിട്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഉണർവുണ്ടാവും അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല ആലസ്യം പോയി കിട്ടുന്നവർ അപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും അങ്ങനെ പരിശീലിക്കാവുന്നതാണ് എപ്പോഴാണോ നമുക്ക് അങ്ങനെ നിദ്രയോ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുന്നുവെങ്കിൽ സാവകാശം പ്രാണനെ ഉള്ളിലേക്ക് ദീർഘമായിട്ട് എടുക്കാം പുറത്താക്കി വിട്ടുക ശക്തിയിലെടുത്ത് ശക്തിയിൽ വിടുന്ന രീതിയൊക്കെ ഉണ്ട് അതും സെല്ലുകളെയൊക്കെ കൂടുതൽ ഇതാക്കുന്നതൊക്കെയാണ് പക്ഷേ അത് നിങ്ങൾ ആരുടെയെങ്കിലും കൃത്യമായ ശിക്ഷണത്തിൽ മാത്രം ചെയ്യണം അല്ലെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം അപരേ മറ്റു ചിലർ നിയതാഹാരാഹ പ്രാണാൻ പ്രാണേഷു ജഹതി പ്രാണശക്തികളെ പ്രധാന പ്രഥമ പ്രാണനായിട്ടുള്ള പ്രാണനിൽ ഹോമിക്കുന്നു ഏതെ ഇവരൊക്കെ സർവേ അഭി ഇവരെല്ലാവരും യജ്ഞവിധ ഇവരൊക്കെ യജ്ഞത്തിൻ്റെ രഹസ്യം അറിഞ്ഞവരാണ് അല്ലെങ്കിൽ അറിയ അപ്പൊ യജ്ഞത്തിന്റെ രഹസ്യം അറിഞ്ഞവനായിരിക്കണം ഈ വിദ്യ അഭ്യസിക്കുന്നത് യജ്ഞപിത കന്മഷാഹ യജ്ഞം കൊണ്ട് പാപത്തെ കെടുത്തിയിട്ടുള്ളവരാണ് പറയാ അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള യജ്ഞമാണ് എന്തൊക്കെയാണ് ഒരുപാട് കഴിക്കലല്ല എന്ന് പറയാം അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ പറയല്ലോ എന്താ ഒരു നേരം കഴിക്കുന്നവന് യോഗി എന്നാണ് അത്ര പറയുക ഒരു നേരം കഴിക്കുന്ന ആളാണ് അപ്പൊ രണ്ട് നേരം കഴിക്കുന്ന ആളാണ് അത്ര ഭോഗി മൂന്ന് നേരം കഴിക്കുന്നത് ദ്രോഹിയാണ് അത്ര നാല് നേരം കഴിക്കുന്നത് രോഗി അതെ അതെ അപ്പൊ നമുക്ക് രോഗം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് നാല് അഞ്ച് നേരമൊക്കെ കഴിക്കുന്നത് ഉണ്ടായിരിക്കാം ആറ് നേരം കഴിക്കുന്നുവെങ്കിൽ രാജ്യദ്രോഹി എന്നാണ് അപ്പൊ ഏഴൊക്കെ ഉണ്ടെങ്കിലോ തുടർന്ന് പറയുന്നു ृतभुज यदनम न अयम लोक अस्ता हेतमिष्टाज യജ്ഞത്തിന്റെ ശിഷ്ടമായ അമൃതത്തെ ഭുജിക്കുന്നവർ അപ്പൊ അവരെ സംബന്ധിച്ച് എല്ലാം യജ്ഞശിഷ്ടമാണ് ഈ ലോകത്ത് എന്തൊക്കെ അനുഭവിക്കുന്നുവോ അതെല്ലാം യജ്ഞശിഷ്ടം നിങ്ങളൊരു സിനിമ കാണുന്നത് ഉൾപ്പെടെ അത് അതിൻ്റെ പിറകിലും ഉണ്ടൊരു യജ്ഞം അത് നന്നായി എങ്കിൽ അതിന്റെ ലൈറ്റ് അടിച്ചു കൊടുത്ത് ആ ലൈറ്റ് ബോയ് വരെ ആ യജ്ഞത്തിന് പങ്കാളിയാണ് അതൊരു യജ്ഞമാണ് അങ്ങനെ നോക്കുമ്പോ എല്ലാം എന്താണ് യജ്ഞശിഷ്ടാമൃതഭുജ ഈ ഒരു ഭാവം അതെങ്ങനെ അമൃതം എന്നാണ് പറയുന്നത് യജ്ഞശിഷ്ടമായ അമൃതത്തെ ഭുജിക്കുന്നവർ സനാതനം ബ്രഹ്മയാാന്തി സനാതനമായ അഴിവില്ലാത്ത ഒരു മുറിവില്ലാത്ത എന്നും നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിക്ക് കാരണമായിട്ടുള്ള ആ സദ്വസ്തുവിനെ യാന്തി പ്രാപിക്കുന്നു ഹേ കുരുസത്തമ അല്ലയോ അർജുന കുരുക്കളിൽ ശ്രേഷ്ഠനായിട്ടുള്ള അർജുന അയജ്ഞസ്യ എന്ന് പറഞ്ഞാൽ യജ്ഞം ചെയ്യാത്തവന് അയജ്ഞസ്യ യജ്ഞം ചെയ്യാത്ത ഒരുവന് അയം ലോക എന്ന അസ്ഥി അവൻ ഈ ലോകം തന്നെ ഇല്ല എന്ന് പറയാം അവൻ ഈ ലോകം തന്നെ ഇല്ലേ ഈ ലോകം തന്നെ എന്തുകൊണ്ട് ഈ ലോകമില്ല അവന് അവൻ ഈ ലോകത്തെ ദുരിതമായിട്ടാ കാണുന്നതേ അപ്പൊ പലരും അങ്ങനെയാ ഇപ്പൊ ഈ ലോകത്തല്ലാത്തവർ ഇപ്പൊ എന്തെങ്കിലും നമ്മളൊന്ന് പറഞ്ഞാല് അവര് കേൾക്കില്ല അവര് അവര് വേറെ എന്നാ കേൾക്കുക പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഭാര്യ പരാതി പറഞ്ഞു നോക്കൂ സാറേ എന്റെ ഭാര്യ എന്റെ ഭർത്താവ് സാമ്പാറിന് കറിയും അല്ല സാമ്പാറിന് കഷ്ണം മേടിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറികടയിലേക്ക് പോയത് ആൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലാണ് ഉടനെ പോലീസുകാരും പറയാം നിങ്ങൾ വേറെ എന്തെങ്കിലും കറി വെക്കുമെന്ന് സാമ്പാറിന്റെ കാര്യം പറയാം അതെ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കറി അപ്പൊ അറിയില്ല അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് കേട്ടത് അദ്ദേഹം സാമ്പാറാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ലോകം അയം ലോക അസ്ഥി അവർക്ക് ഈ ലോകമില്ല എന്നിട്ടല്ലേ അന്യ കുത പിന്നെ വേറെ ഏത് ലോകം അന്യ കുത സിദ്ധ്യതി അന്യ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഭഗവാൻ പറയുന്നത് ഗീത പറയുന്നത് നോക്കിക്കോളൂ അപ്പൊ ഇതല്ലാത്തവരോ അല്ലാത്തവരും ഇവിടെ ജീവിക്കുന്നില്ല എന്നാണ് പിന്നെ അന്യ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ലോകമുണ്ട് ആ ലോകം അവരെ സംബന്ധിച്ച് അവർക്കത് പ്രാപ്യമല്ല അപ്പൊ അവർക്ക് ഇവിടെയും നഷ്ടമാണ് ഇതല്ലാത്ത വേറൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് ഇതും ഇല്ല അതുമില്ല ഇതെല്ലാം ആര് പറഞ്ഞു തന്നതാണ് ഈ യജ്ഞങ്ങളെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ള യജ്ഞം ഇതെന്റെ ഐഡിയ ആണോ എന്ന് ചോദിച്ചാലല്ല പിന്നെ ആരുടേതാണ് ഭഗവാൻ പറയണോ വിമോക്ഷ്യസം ബഹുവിധാ യാ ഇപ്രകാരമുള്ള ഹുവിധാഹ ബഹു അനേകങ്ങളായിട്ടുള്ള യജ്ഞാഹ യജ്ഞങ്ങൾ എല്ലാം ബഹുവചനമാണ് ബ്രഹ്മണാഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ബ്രഹ്മത്തിൻ്റെ എന്നൊക്കെയാണ് ഇവിടെ ബ്രഹ്മാവിൻ്റെ ബ്രഹ്മത്തിൻ്റെ എന്ന് പറയുമ്പം വേദത്തിൻ്റെ എന്ന് തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം മുഖം എന്ന് പറഞ്ഞാലോ ദ്വാരം എന്നാണ് വേദ ദ്വാര അപ്പൊ ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്ന് അതുകൊണ്ടാണല്ലോ ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന വേദത്തെ കട്ടുകൊണ്ടുപോകുന്നുണ്ടല്ലോ ആരാ കട്ടുകൊണ്ടുപോകണത് ഹയഗ്രീവൻ എന്ന് പറഞ്ഞാൽ അസുരനാണ് ഹയഗ്രീവൻ അല്ലേ നിയന്ത്രണമില്ലാത്തവനാണ് സുഗ്രീവനാണെങ്കിൽ ശരിയാവുള്ളൂ ഇത് ഹയഗ്രീവനായിപ്പോയി അപ്പം വേദം ആർക്കാണ് ആരാ കട്ടുകൊണ്ടുപോകുന്നത് നിയന്ത്രണം ഇല്ലാത്തവന് അറിവുണ്ടാവില്ല അതാണ് അതിന്റെ താല്പര്യം അത് വളരെ രസമായിട്ടാണ് അതിനെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നെ അതിനെ വീണ്ടെടുക്കണം അതിനാ എന്ത് ചെയ്യണം ഈ ഹയഗ്രീവിനെയൊക്കെ ശരിയാക്കണം എന്ന് പറയാം അത് സുഗ്രീവം വേണം വരാൻ നിയന്ത്രണം വേണം അപ്പം ഏവം ബഹുവിധാഹ യജ്ഞാഹ ബ്രഹ്മണാഹ മുഖേ വിധതാഹ ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് വേദത്തിൻ്റെ മുഖത്ത് നിന്ന് എന്താണ് വിധദാഹ വിവരിച്ചിരിക്കുന്നു ഇതൊക്കെ വൈദികമായിട്ട് പറയപ്പെട്ടിട്ടുള്ള യജ്ഞങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് എന്താ ഇതിന്റെ പ്രമാണം ശ്രുതിയാണ് എന്ന് പറയാം അപ്പൊ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ താൻ സർവാൻ കർമ്മജാൻ താൻ അവയെ സർവാൻ എല്ലാം തന്നെ കർമ്മജാൻ കർമ്മങ്ങളിൽ നിന്ന് ഉണ്ടായതാണ് നിന്ന് ജനിച്ചത് കർമ്മജാൻ വിദ്ധി എന്ന് ത്വം വിധി നീ അറിയണം നീ എന്താണ് ഇവിടെ അറിയേണ്ടത് ഞാൻ ഏവം ഈ യജ്ഞങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഹ്മാവിന്റെ മുഖത്തിൽ നിന്ന് അല്ലെങ്കിൽ വേദത്തിൽ നിന്നു തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അതെല്ലാം തന്നെ കർമ്മത്തിൽ നിന്ന് ജാതമായതാണ് എന്ന് നീ അറിയണം എന്നിട്ട് ഏവം ജ്ഞാത്വ ഇപ്രകാരം അറിഞ്ഞ് വിമോക്ഷ്യസെ നീ മോചിതനാകും എന്നും പറഞ്ഞ് ഭഗവാൻ യജ്ഞത്തിന്റെ ഉജ്ജ്വലമായ രൂപത്തെ അവതരിപ്പിക്കുകയാണ് സംഗ്രഹിച്ച് അവതരിപ്പിക്കുക ഗംഭീരമായ യജ്ഞം നാളെ യജ്ഞത്തിൻ്റെ ഉജ്ജ്വല രൂപം എന്ന് പറയാം നാളെയാണ് അത്